അവജാനന്തി മാം മൂടാഹ മൂടാഹ അവജാനന്തി അവരെന്നെ പരിഹസിക്കുന്നു അവഹേളിക്കുന്നു അപമാനിക്കുന്നു എങ്ങനെ ഞാൻ ആരുടെയോ ഒരു മകനായിട്ട് എവിടെയോ ജനിച്ചു അവിടെ എങ്ങനെ ഞാൻ കഴിയണം എന്നൊരു ഞാൻ കുറച്ച് ലീലാവിലാസങ്ങളൊക്കെ നടത്തി ഞാൻ എന്റെ സമയമായിപ്പോ പോയി ഇനി ഞാൻ വരൂ കുതിരപ്പുറത്ത് ഇങ്ങനെ കടപട കടപട കടപട കടപട ഇപ്പൊ എനിക്ക് യാതൊരു ഇടപാടും ഇല്ല എന്നാലും ഇങ്ങനെ വിളിച്ചോളൂ ഭഗവാനെ ഭഗവാനെ വരൂ വരൂ വരൂ വേം വരൂ വേം വരൂ എന്നാ വരിക എന്നാ വരിക വരില്ല ഉള്ളൊരാൾക്ക് എങ്ങനെയാ വരാൻ പറ്റുക തുടർന്ന് മോഖാശാമോത രാക്ഷരീം പ്രകൃതി മോഹിനം ശ്രിത മോഖാഷ മോഖകർമാണ മോഹജ്ഞാന വിജേതസഹ രാക്ഷസിയും ആസുരീം ചേവ പ്രകൃതിം മോഹിനിയും ശ്രിത മോഖാശാഹ നിഷ്ഫലമായ ആശയോടുകൂടിയിട്ടുള്ളവർ എന്തൊക്കെയോ ആശ ഒരുപാട് ആശകൾ അല്ലെങ്കിൽ ഒരുപാട് ആശ എന്ന് പറഞ്ഞാൽ ചിലർക്കൊക്കെ നമ്മളിങ്ങനെ പറയും പാട്ടിലൊക്കെ ചിന്ന ചിന്ന ആശയി പക്ഷെ ചിന്ന ചിഹ്നയൊന്നും ആയിരിക്കില്ല പെരിയ പെരിയ തന്നെയായിരിക്കും ഇതിനെ ഭഗവാൻ ഇവിടെ പറയുന്നത് എന്താണോ നിഷ്ഫലമായിട്ടുള്ള ആശയോട് കൂടിയിട്ടുള്ളവൻ മുല്ല മുല്ലയോട് ചോദിച്ചു മുല്ല നിങ്ങൾക്ക് ആശയൊന്നുമില്ല എന്ന് മുല്ല പറഞ്ഞു എനിക്ക് ആശയമൊന്നുമില്ല അതെന്താ ആശയില്ലാത്തത് എന്തെങ്കിലുമൊക്കെ ആശ വേണം ഇനി ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പം ചോദിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ആശയുണ്ടായിരിക്കണം എന്ന് പറയാം രാജാവ് പറഞ്ഞു ശരി അപ്പൊ പിന്നെ കണ്ടപ്പോ മുല്ലയോട് ചോദിച്ചു മുല്ല എന്താ ആഗ്രഹം മുല്ല പറഞ്ഞു ഒരു രാജാവാകണമെന്ന് നിനക്കെന്താ ഭ്രാന്ത് ഉണ്ടോന്നോചിച്ചോ ഭ്രാന്ത് വേണമായിരുന്നോ രാജാവാക്കാൻ അതെനിക്കറിയുക ആർക്കും എന്താ ആഗ്രഹിച്ചു വിടാത്തതില്ലേ അപ്പൊ മോഹാശ നിഷ്ഫലമായ ആശയോട് കൂടിയിട്ടുള്ള മോഹകർമാണ ഫലശൂന്യമായ കർമ്മം ഇതാണ് പലരുടെ കാര്യത്തിലും ഒന്നിനും ഒരു എന്താ ഒന്നൊരു പൂവിടില്ലാന്ന് പറയാം പുഷ്പിക്കാത്ത കർമ്മങ്ങൾ ചെയ്യുന്നു എന്തൊക്കെയോ ചെയ്യണം അവസാനം നോക്കുന്ന സമയത്ത് കരച്ചിൽ തന്നെ കരച്ചിൽ ഈ പശുവിനെ കാണാം ഇങ്ങനെ ഈ അറിവിന് കൊണ്ടുപോകുന്ന പശുവിന് കരഞ്ഞ് കരഞ്ഞ് കണ്ണിന്റെ ഈ ഭാഗത്തൊരു കറുത്ത വരവെന്നിട്ടുണ്ടാവും ഈ കാട്ടിലെ മൃഗങ്ങൾക്കൊന്നും അതില്ല നാട്ടിൽ നമ്മൾ വളർത്തുന്നതിനൊക്കെ ഉണ്ടാവും അതിൻ്റെ സങ്കടം ഇങ്ങനെ കരഞ്ഞ് കരഞ്ഞ് ചില സമയത്ത് നായ അങ്ങനെയാണ് ആ നായോ പട്ടിയോ പൂച്ചയോ ഒക്കെ ഇങ്ങനെ കരയും അതിനെന്തെങ്കിലുമൊക്കെ വിഷമമുണ്ടാവും കാട്ടിലുള്ളതിനില്ല എന്നാണ് പറയണം അതുപോലെ ആയിരിക്കണം മനുഷ്യന്മാർക്കും ആരെ കണ്ടാലും കരച്ചു എന്താ ചെയ്ത് വെച്ചതൊക്കെ അവരിങ്ങനെ എണ്ണി എണ്ണി നോക്കുക എല്ലാം നിഷ്ഫലം മക്കളെ വളർത്തി പഠിപ്പിച്ചു കല്യാണം കഴിപ്പിച്ചു കുട്ടികൾ പറഞ്ഞു ഭാഗിച്ചു ഭാഗം വെച്ചു എന്ത് ചെയ്തിട്ടും സ്വാമി ഒരു സമാധാനം ചെയ്യാം ഇതാ ഇപ്പോഴും എന്താ ചെയ്യേണ്ടതെന്നറിയില്ല ഇനി ഇതാ കുറച്ച് പ്രായ വയസ്സും കൂടിയല്ലേ ഉള്ളൂ സ്വസ്ഥായിട്ട് മരിക്കണം എന്ന് വിചാരിച്ചാൽ അതിനും കൂടെ പറ്റാത്തൊരവസ്ഥ ഒരുപാട് പേര് അപ്പൊ കഴിഞ്ഞ ചെയ്തികളെല്ലാം നിഷ്പല എന്തെങ്കിലൊന്നൊന്നും ഒരു വെർത്തായിട്ടൊന്നും ഇല്ല എന്ന് പറയാ പറയണു ഇവിടെ മോകർമാണ ഫലശൂന്യമായ കർമ്മത്തോടുകൂടിയിട്ടുള്ള ഒരു നാല് തെങ്ങ് വെച്ചിരുന്നു എങ്കിൽ നന്നായിരുന്നു അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യൂട്ടോ ഓർക്കാൻ അതെങ്കിലും ഉണ്ടായിരിക്കണം കാരണം മക്കൾ എല്ലാവർക്കും ഉണ്ട് കഴുതക്കും നായക്കും പൂച്ചക്കും ഒക്കെ ഉണ്ട് കുട്ടികൾ കുട്ടികൾക്ക് ജന്മം കൊടുത്തു എന്നുള്ളത് ഒരിക്കലും ഒരു എന്താ ശ്രേഷ്ഠകരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് എണ്ണണ്ട ചെലപ്പോ തോന്നും അതില്ലാത്തതാണ് ഏറ്റവും നല്ലത് എന്തെങ്കിലുമൊക്കെ നല്ല കർമ്മങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാ മോഹകർമാണ ഫലശൂന്യങ്ങളായിട്ടുള്ള കർമ്മങ്ങളോട് കൂടിയിട്ടുള്ളവരും മോഹജ്ഞാനാഹ പ്രയോജനരഹിതമായ അറിവോട് കൂടിയിട്ടുള്ളവർ അവരുടെ അറിവൊക്കെ ഗംഭീര പക്ഷെ പ്രയോജനമില്ലാത്തത് മറ്റുള്ളവരെ പരീക്ഷിക്കാനുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ അവർക്കെന്താ അറിവുണ്ട് എന്ന് പരിശോധിക്കാൻ വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബിസിനസ് തുടങ്ങണം എന്താ ബിസിനസ് തുടങ്ങേണ്ടത് എന്താ അറിയുക ഒന്നും അറിയില്ല എന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു വെക്കുക അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ കുറെ കുട്ടികൾ ചെയ്യുന്ന പലതും ചെയ്യുന്നത് കാണാം മോകജ്ഞാന പ്രയോജനരഹിതമായ അറിവ് അറിവുണ്ട് പക്ഷെ അത് പ്രയോജനമില്ല പഞ്ചാബിൽ പോയി ഒന്ന് കറങ്ങിയിട്ട് അവിടെ ഒരു ബിസിനസ് തുടങ്ങാന്ന് ചോദിച്ചു എന്താ അവിടെ ഇല്ലാത്തത് ബാർബർ ഷോപ്പ് എന്നാ അവിടെ ഒരു ബാർബർ ഷോപ്പ് അവിടെ ആവശ്യമില്ല എന്നേ അത് ഇവൻ കണ്ടുപിടിച്ചു വന്നതാ എന്നിട്ട് ഇവിടുന്ന് കുറെ ബാർബർമാരെയൊക്കെ ആയിട്ട് വലിയൊരു ഷോപ്പ് ബാർബർമാർക്ക് അവിടെ വെച്ച് വിളമ്പി കൊടുക്കുക ഇത് തന്നെ ആരും മുടിവെട്ടാമായിരുന്നില്ല പിന്നെയാണ് അറിഞ്ഞത് ഇവിടെ ഉള്ള ആരും മുടിവെട്ടാറില്ല അങ്ങനെയുള്ള നിഷ്ഫലമായ അറിവുണ്ട് നമ്മൾ അത്ഭുതപ്പെടാറ് നിയമം ചമയ്ക്കുന്ന കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ നമ്മുടെ ഗവൺമെന്റ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ടല്ലോ അല്ലെങ്കിൽ ഗവൺമെന്റ് ഒരു ഗവൺമെന്റ് ഒരു കാര്യം ചെയ്യുന്നു അടുത്ത ഗവൺമെന്റ് വന്നത് വേണ്ടാന്ന് വെക്കണോ അല്ലെ വലിയൊരു പദ്ധതി എത്രയോ കോടികൾ മുൻപോട്ട് ചെലവായിട്ടുണ്ടാവും എന്നിട്ട് അത് ഇങ്ങനെ നിഷ്ഫലമായ അറിവുകൾ നിഷ്ഫലമായ കർമ്മങ്ങൾ വിജേത സഹ വിജേത സഹ എന്ന് പറഞ്ഞാൽ വിപരീത ബുദ്ധികൾ മോഹിനിയും രാക്ഷസീം മോഹിനിയും മോഹിപ്പിക്കുന്നതും രാക്ഷസീയും ഹിംസ ഹിംസാമയമായിട്ടുള്ള തമോ ഗുണപ്രധാനമായിട്ടുള്ള ആസുരിച്ച ആസുരി എന്ന് പറഞ്ഞാൽ കാമാ കാമാതിപൂർണമായ ആസുരികമായ ഇന്ദ്രിയങ്ങളെ രസം പിടിപ്പിക്കുന്ന പ്രകൃതി ഏവ ശ്രിതാഹ പ്രകൃതിയെ തന്നെ ആശ്രയിക്കുന്നു നമ്മൾ ഈ എന്താ ഈ അടുത്ത് കേട്ടിട്ടുള്ളൊരു തമാശ തമാശയല്ലേ ഇതൊരു സത്യമാണ് ഏതോ ചില സീരിയലുകൾ നമ്മളിതെല്ലാം സീരിയല് നിരന്തരം വിടാതെ കാണും എന്നല്ല അല്ലാതെ പലതും നമ്മളിങ്ങനെ പല എന്താ അതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ കിട്ടും അതിൻ്റെ അതിൻ്റെ പിറകിൽ പ്രവർത്തിക്കുന്നവരും അതിലെ തമാശകളുമൊക്കെ അപ്പൊ ഏത് സീരിയലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്നത് അതിനനുസരിച്ചാണ് പരസ്യം പോയിക്കൊണ്ടിരിക്കുക നിങ്ങളിതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു പക്ഷേ നിങ്ങൾ എപ്പോഴും വിചാരിക്കുമോ എന്തൊരു പരസ്യമാണിത് അല്ലേ പക്ഷേ നിങ്ങളത് കൂടുതൽ കാണുന്നതുകൊണ്ടാണ് അതിൽ പരസ്യം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ചില സീരിയലുകൾ ഇപ്പം ഇത് ആരൊക്കെ ഏതൊക്കെ സീരിയല് കാണുന്നു അതിന് അവർക്ക് അല്ലെ റേറ്റിംഗ് എന്നൊക്കെ പറയും അവരുടെ ഭാഷയിൽ അത് ഏറ്റവും കൂടുതൽ ആരാണ് കാത് സീരിയലാണ് കാണുന്നത് ആരാണ് കാണുന്നത് എങ്ങനെയുള്ളവരാണ് കാണുന്നത് ഇതൊക്കെ അവർ സർവേ എടുക്കുന്നുണ്ട് അപ്പോൾ ഒരു സീരിയൽ ഇതാ ഇങ്ങനെ പൊളിഞ്ഞു പൊളിഞ്ഞു വരുന്നു അതിങ്ങനെ വിഴാൻ പോകുന്നു എന്നറിയുമ്പം അതിൻ്റെ ആളുകൾ പറയണതേ കഥ മാറ്റിക്കോളാൻ അപ്പൊ ഇനി എന്താ പിടിച്ചു നിർത്താനുള്ള പണി കൊലപാതകം പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് വേറെന്തെങ്കിലുമൊക്കെ അതിൽ ആഡ് ചെയ്യാൻ ശ്രമം നടത്തും എന്നാൽ അതിനെ ഒന്ന് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന അപ്പൊ ആസുരീം ഭാവം ആസുരികമായിട്ടുള്ള ഭാവത്തെ പ്രകടമാക്കിക്കൊണ്ട് പ്രകടിപ്പിച്ചുകൊണ്ട് ഇവരങ്ങനെ നിലനിൽക്കുന്നു മനസ്സിലാവുന്നുണ്ടോ സ്വാമി പറയുന്നത് അതങ്ങനെ അതാണ് കൂടുതൽ പേർക്കും വേണ്ടത് അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും അവര് അത്തരത്തിലുള്ള ഓരോന്നിനെ അതിലേക്ക് ചേർത്ത് നമുക്ക് എന്താ പറയുക ആ തരക്കേടില്ല ഇപ്പൊ തരക്കേടില്ല എന്ന് പറയാം കഥ ഇപ്പം ഒരു മെച്ചം വന്നിട്ടുണ്ട് എന്ന് നിങ്ങൾ ഇടയ്ക്ക് പറയാറില്ലേ ഇതൊരു ശരിയാവുന്നില്ല കേട്ടോ അപ്പോഴേക്കും അവരെന്തെങ്കിലും ആരെങ്കിലുമൊക്കെ ഒരു നായകനെയൊക്കെ മാറ്റേണ്ട ഇതിലൊക്കെ ഭയങ്കര തമാശകളാണ് കാരണം എവിടെ നോക്കിയാലും പ്രേതം പ്രേതത്തിന് വേണ്ടിയിട്ടൊരു കളി അപ്പൊ പ്രേതത്തിന്റെ അത് ഇത് പിന്നെ ഈ ചില നായകന്മാരെ ചെയ്യും എന്നറിയോ കൂടുതൽ കാശ് കിട്ടിയാൽ വേറെ ഒന്നിലേക്ക് പോയി കളയും പിന്നെ ഇവർ വിദേശയാത്രയൊക്കെ നടത്തും ആ സമയത്ത് ഇത് സീരിയൽ മുന്നോട്ട് പോണ്ടേ അപ്പൊ എന്ത് ചെയ്യും ഈ നായകനൊരു ആക്സിഡന്റ് ആക്കി പിന്നെ ഒരു പ്ലാസ്റ്റിക് സർജറി ചെയ്ത് വേറെ ഒരു ഇത് മുന്നോട്ട് കൊണ്ടുപോകണം എന്ത് സംഭവിച്ചാലും എങ്ങനെ വേണമെങ്കിലും കഥ എഴുതാൻ പറ്റിയ ആളുകളുണ്ട് ഒരു വിഷയമേ അല്ല അപ്പൊ മോഹിനിയും രാക്ഷസിയും ആസുരിയും പ്രകൃതിയും ഏവ ശ്രിതാഹ ആ പ്രകൃതിയെ തന്നെ ആശ്രയിക്കുന്നു നാം ആശ്രയിക്കുന്ന പ്രകൃതി നമ്മുടെ എൻ്റർടൈൻമെൻറ്റ് എന്താണെന്ന് ചോദിക്കാം നമ്മൾ ആശ്രയിക്കുന്നത് അതാണ് നമ്മൾ ആശ്രയിക്കുന്നത് ഏതിനെയാണ് ഈ കടൽ തീരത്തൊന്നും എന്താ തിരക്കില്ലാത്തത് അത്ര തിരക്കൊന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ കടൽ തീരത്തോടനുബന്ധിച്ച് അവിടെ അതിന്റെ സമീപത്ത് വേറെ എന്തെങ്കിലുമൊക്കെ വേണം എന്നാൽ അന്നൊരു തിരക്കുണ്ടാവും പക്ഷേ ആശ്രയിക്കുന്നത് വേറെ ഓരോ കാര്യങ്ങളെയൊക്കെയാണ് ഭഗവാൻ തന്നെ പറയുന്നു എന്താണ് മോകാശ മോഹകർമാണ മോഹജ്ഞാന വിജേദസ മോഹിനിയും രാക്ഷസിയും ആസുരിയും പ്രകൃതിയും ഏവ ശ്രിതാ അവർ അതിനെയാണ് ആശ്രയിക്കുന്നത് അടുത്ത ശ്ലോകം ഗീതയുടെ നേർ പകുതി അതായത് മുന്നൂറ്റി ശ്ലോകം മുന്നൂറ്റി അമ്പത്തൊന്നര എഴുന്നൂറ്റി നോക്കാം മഹാത്മാനസ്തുമാം ദൈവീം പ്രകൃതി മാശ്രിത ൂതാ ഭഗവത്ഗീതയെ നേർ പകുത്തു കഴിഞ്ഞാൽ ഇതാ മുന്നൂറ്റി അമ്പത്തി ഒന്ന് അപ്പൊ എഴുന്നൂറ്റി ഒന്നാണെങ്കിലും മുന്നൂറ്റി അമ്പത് അര അമ്പതര എന്നൊക്കെ പറയാം നോക്കാം മഹാത്മാനഹ മാം പാർത്ഥ ദേവീം പ്രകൃതിം ആശ്രിത ഭജന്തി അനന്യ മനസാത്വ ഭൂതാദിം അവ്യയം Hey Arjuna, ഹേ അർജുന വാർത്താണ് മഹാത്മാനഹാത്ത മഹാത്മാക്കളാകട്ടെ ആരാണ് മഹാത്മാക്കൾ ഈ മഹാത്മാക്കൾ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് ഗാന്ധിജി മാത്രം എന്ന് വിചാരിക്കരുത് അയ്യോ അങ്ങനെയുള്ള ആളുകൾ നമ്മൾ ഒരിക്കലും മഹാത്മാവൊന്നുമല്ല മഹാത്മാവിന്റെ ലക്ഷണം പറയുകയാണ് ആരാണ് മഹാത്മാവ് Daivim ദൈവീം പ്രകൃതിയും ആശ്രിതാഹൈവീം ൈവിമയമായ ദൈവസമ്പത്തോടുകൂടിയിട്ടുള്ള പ്രകൃതി സ്വഭാവത്തെ ആശ്രിതാഹ ആശ്രയിച്ചവരായിട്ട് അതായത് പരമാത്മ സ്വഭാവം ഉള്ളവരായിട്ട് മാം എന്നെ എങ്ങനെയുള്ള എന്നെ അവ്യയം നാശരഹിതമായ ഭൂതാദിം ഭൂതങ്ങൾക്ക് കാരണമായിട്ടുള്ള ഭൂതാദിം എല്ലാ ഭൂതങ്ങൾക്കും കാരണമായിട്ടുള്ള എന്നെ ഭൂതാദിം ഞാത്തുവ അറിഞ്ഞിട്ട് അവരെന്നെ അറിയുന്നു എങ്ങനെ അറിയുന്നു ഈ ഭൂതങ്ങൾക്ക് മുഴുവൻ ഞാനാണ് കാരണം എന്റെ കൈകളിലാണ് അതിരിക്കുന്നത് എന്ന് പറയാം ഞാനാണതിന് ഉണ്മ കൊടുക്കുന്നത് ഞാനാണതിന് ഇല്ലായ്മ കൊടുക്കുന്നത് എന്നറിഞ്ഞിട്ട് ഒരിക്കലും ഒരു ജ്യോത്സ്യരെ പറ്റിക്കാൻ വേണ്ടി പറ്റിക്കാനല്ല പരീക്ഷിക്കാൻ ഒരു ചെറുപ്പക്കാരൻ ചെല്ലുന്നുണ്ടല്ലോ ജ്യോത്സ്യരെ എടുത്ത് ചെന്ന് ചോദിക്കില്ലേ ജ്യോത്സ്യരോട് ചോദിക്കും എന്റെ കയ്യിൽ ഒരു പ്രാണിയുണ്ട് അതിന് ജീവനുണ്ടോ ജീവൻ ഇല്ലേന്ന് ജോത്സ്യർ ജീവനുണ്ട് എന്ന് പറഞ്ഞാൽ ഇവനെന്ത് ചെയ്യും ഒറ്റ ഞെക്ക് ഞെക്കും ജീവൻ ഇല്ല എന്ന് പറഞ്ഞാലോ അവൻ അങ്ങനെ വിടും അതാണ് അവന്റെ പദ്ധതി ജോൽസ്യർ ഇതിലും വലിയ ജോലിച്ചന അദ്ദേഹം പറഞ്ഞു അത് നിന്റെ കൈ കൈനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് പറയാം നിന്റെ കൈ ആശ്രയിച്ചിരിക്കുന്നു അതിന് ജീവനുണ്ടോ ജീവനില്ലേ എന്നത് പിന്നെ അവനൊന്നും ചെയ്യാനില്ല കൈ സാവകാശത്തിൽ തുറക്കുക നിവർത്തിയുള്ളൂ അത് ഞെക്കാം ഞെക്കാതിരിക്കാം ഇപ്പം ഭഗവാൻ എങ്ങനെ അറിയണം ഭൂതങ്ങളുടെ കേന്ദ്രമായി എന്നിലാണ് അത് ഇരിക്കുന്നത് ഞാൻ എന്നിൽ അത് ഇരിപ്പിടം ഞാനാണ് മഹാത്മാനഹ മഹാത്മാക്കൾ അങ്ങനെ അറിയുന്നു ദൈവിയും പ്രകൃതിയും ആശ്രിതാഹാ മാം അവ്യയം ഭൂതാദിം ജ്ഞാത്വ അറിഞ്ഞിട്ട് ഭൂതങ്ങളുടെ പരമകാരണം എന്നറിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു അനന്യ മനസഹ ഭജന്തി ഭഗവാൻ ഇതിന്റെ കേന്ദ്രത്തിൽ നമ്മളോട് പറയാനുള്ളത് ഇതാണ് എന്താണ് അനന്യ മനസ്സ് കൂടാതെ എന്ന് പറഞ്ഞാൽ ഏകാഗ്ര ചിന്തയോട് കൂടിയിട്ട് ഏകാഗ്രതയോട് കൂടിയിട്ട് ഭജന്തി ഭജിക്കുന്നു ഭജ് സേവായാം സേവിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ ജീവിക്കുന്നു ഭജിക്കുന്നു എന്ന് പറഞ്ഞാൽ കണ്ണടച്ച് ഒരു കുറച്ച് സമയം ഒരു പൂജാമുറിയുടെ മുൻപില് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇരിക്കുക എന്നുള്ളത് മാത്രമല്ല ഭജ് സേവായാം ഭജ് സേവനമാണ് ഭജനം അതുകൊണ്ട് നരസേവയാണ് നാരായണ സേവ ജനങ്ങളോടുള്ള ഭക്തിയാണ് പരമാത്മാവിനോടുള്ള ഭക്തി സ്വരാജ്യ സേവനമാണ് സർവേശ്വര സേവനം എന്നൊക്കെ മഹാത്മാക്കൾ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ടാണ് ആരാണത് മഹാനാത്മാ അവർ മഹാത്മാക്കളാണ് അപ്പൊ മഹാത്മാവ് എന്ന് പറഞ്ഞാൽ ഭഗവത്ഗീതയുടെ ഭാഷയിൽ ആരാണ് മഹാത്മാവ് ഭഗവാനെ ഈ വിശ്വത്തിന്റെ മുഴുവൻ നാഥനായി ഭൂതങ്ങൾക്ക് മുഴുവൻ കേന്ദ്രമായി വർത്തിക്കുന്നു എന്നറിഞ്ഞ് മറ്റ് ചിന്തകളൊന്നും കൂടാതെ ഏകാഗ്രമായി ഏകാഗ്രമായ മനസ്സും ബുദ്ധിയും കൊണ്ട് ഈ വിശ്വത്തിൽ ജീവിക്കുന്നവൻ അതില് സേവിക്കുന്നവൻ അവനാണ് മഹാത്മാവ് ഭഗവാൻ മഹാത്മാ എന്ന് പറയുന്നു തുടർന്ന് യ്രമുക് ഉപാസത്തെ സദദം കീർത്തന്തം ഭയുക്തക്ത സതം സതതം എന്ന് പറഞ്ഞ നിരന്തരം എപ്പോഴും എല്ലായ്പ്പോഴും സതതം മാം കീർത്തയന്ത എന്നെ കീർത്തിക്കുന്നവരായി എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കരുതേ എപ്പോഴും ഭഗവാന്റെ നാമങ്ങനെ പാടി നടക്കുക എന്ന് നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ തന്നെ നാരദനെ ഓർമ്മ വരും നാരായണ നാരായണ ഇങ്ങനെ ടി ഒരു കോമാളിയെ അവതരിപ്പിക്കാൻ ഈ അടുത്ത കാലത്ത് ഇവരെ പോലെ സാധിച്ചിട്ടുള്ള ഒരു ഒരു എല്ലാ സീരിയലിലും ഏതിൽ വന്നാലും മൂപ്പരൊരു കോമാളിയാണ് വളരെ ദുർലഭം കേസിൽ മാത്രമേ അത് മാറിയിട്ടുള്ളൂ നാരദന ഒരു ഋഷിയാണെന്ന് പറയാം അദ്ദേഹം ഭഗവത് നാമം സദാ എന്താ കീർത്തിക്കുക എന്ന് പറയുമ്പം നമ്മൾ എന്തൊക്കെ പറയുന്നുവോ അത് ആ സാന്നിധ്യത്തിലാണ് എനിക്കത് പറയാൻ സാധിക്കുന്നതെന്ന ഒരു തിരിച്ചറിവോട് കൂടിയിട്ട് സത്യം വധ എന്ന് പറയണല്ലോ അതാണ് കീർത്തനം അല്ലാതെ ഏത് നേരം നിങ്ങൾ ഭഗവാന്റെ സ്തുതി പുകഴ്ത്തണ്ടെന്ന് ആവശ്യമില്ല അതുകൊണ്ടാ ഭഗവാൻ അക്ഷരാണാം അകാരോസ്മി എന്ന ഗീതയിൽ വരാൻ പോകുന്നുണ്ട് അടുത്ത അധ്യായത്തിൽ അക്ഷരങ്ങളിൽ ഞാൻ അകാരമാണ് ജാഗ്രതയോടുകൂടി നിലനിൽക്കുക നിലകൊള്ളുക സംസാരിക്കുന്നത് വളരെ ജാഗ്രതയോടുകൂടിയാണെങ്കിൽ അത് ഭഗവത് കീർത്തനമാണ് വില്ലു വലയ്ക്കുന്നത് കണ്ട വില്ലു വലയ്ക്കുക വില്ലു വലയ്ക്കുന്നതിന്റെ താല്പര്യം എന്താണ് ഇതാണ് വില്ല് കുലയ്ക്കലിൽ എന്താ സംഭവിക്കുന്നതെന്നറിയോ വലിയ ഗംഭീരായിട്ടുള്ള സംഭവമാണ് വില്ല് കൊലയ്ക്കല് മുകളിലെ ഭാഗം താഴേക്കും താഴെയുള്ള ഭാഗം മുകളിലേക്കുക സാധനയുടെ ഏറ്റവും വലിയൊരു എന്താ ഒരു ആയിത്തീരേണ്ടതാണ് നമ്മളും വില്ല് കുലയ്ക്കേണ്ടവരാ അതുകൊണ്ടാണ് പ്രണവോധനു ശരോഹി ആത്മാ അവിടെ വില്ല് കുലയ്ക്കാൻ പറയുന്നുണ്ട് ആയമ്യ തദ്ഭാവ ഗതേന ചേതസ എന്നൊക്കെ പറയുന്നുണ്ട് ഉപനിഷത്തില് അപ്പൊ വില് കുലയ്ക്കുമ്പം മുകൾ ഭാഗം താഴേക്കും എന്താ അടിഭാഗം മുകളിലേക്കും വരുന്നു അതായത് അഹങ്കാരത്തിൻ്റെ നാശവും അഹംഭാവത്തിൻ്റെ ഉദ്ധാരണവും അതായത് കൂടുതലുള്ളിടത്തുനിന്ന് കുറവുള്ളിടത്തേക്കും കുറവുള്ളിടത്തുനിന്ന് സമ ഒരു സാമ്യാവസ്ഥയെ പ്രാപിക്കുക ഇതിലാണ് നമസ്കാരം എന്ന് പറയുക നമസ്കാരത്തിൽ ഈ അഹംഭാവത്തിൻ്റെ താഴലാണ് എന്നിട്ടോ അഹംഭാവ അഹങ്കാര അഹങ്കാരത്തിൻ്റെ താഴലും അഹംഭാവത്തിൻ്റെ ഉദ്ധാരണവും ഉയർച്ചയും അതുകൊണ്ട് നമസ്യന്താ നമസ്കരിക്കുന്നവരായിട്ട് മാം ഭക്തിയ എന്നെ ഭക്തിയോടുകൂടി ഉപാസതേ ഉപാസിക്കുന്നു അവർ അവരെന്നെ ഉപാസിക്കുന്നു എങ്ങനെ അങ്ങേയറ്റം ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടിയിട്ടെന്ന് പറയും അല്ലാതെ വെറുതെ ഈ നമ്മൾ ഈ കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്നതെല്ലാം സ്വാമി കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞുവല്ലോ അതുപോലെയൊക്കെയാ ഓരോ നമ്മളുടെ വിചാരം കുട്ടികളെ നന്നാക്കാൻ നമ്മുടെ കഷ്ടപ്പാട് പറഞ്ഞ നന്നാവൂന്നാണ് ഇതൊക്കെയാണ് നമ്മൾ കൈമാറ്റം ചെയ്യേണ്ടത് ഒരച്ഛന് മകന് പറഞ്ഞുകൊടുക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നതൊക്കെ ഇതൊക്കെയാണ് ഇത്തരത്തിലുള്ള ആശയങ്ങളാണ് അല്ലാതെ അച്ഛൻ വിളിച്ചിട്ട് പറയാം മോനെ അറിയോ നിനക്ക് ഞാൻ എത്ര പണ്ടേ ഞാനൊരു പലചരക്ക് ഇടയിൽ ജോലി ചെയ്തിട്ടുണ്ട് പലചരക്ക് ഇടയിൽ ജോലി അന്ന് എത്ര അച്ഛന് ശമ്പളം എന്നറിയോ എഴുപത്തഞ്ച് രൂപ അച്ഛൻ രാവിലെ ആറു മണിക്ക് പോകും കടയില് എന്നിട്ട് ഈ സാധനങ്ങൾ ഇന്നത്തെ പോലെയൊന്നും അല്ല കൂട്ടാ കവറില് എല്ലാം കവറിലിട്ട് കൊടുക്കുമല്ലോ ഇന്ന് അങ്ങനെയല്ല അന്ന് ഈ പത്രം ഉണ്ടല്ലോ പത്രമൊക്കെ എടുത്ത് അതിനെ പശ് വേവിച്ച് ആ പശ ഉണ്ടാക്കുന്നതൊക്കെ അച്ഛൻ പറഞ്ഞു വെള്ളം ചൂടാക്കി അതിൽ ഈ മാവ് ഇട്ട് ഇളക്കി ഇളക്കി ഇളക്കി ഉറുമ്പ് കടിക്കാതിരിക്കാൻ അതിൽ കുരിച്ച് ചേർത്തു തുരിച്ചു അങ്ങനെ എന്തോ ചേർത്തു അങ്ങനെയാക്കി ഇങ്ങനെയാക്കി അതിങ്ങനെ ഒഴിവ് സമയത്ത് അതൊട്ടിക്കണം എന്നിട്ട് ഈ വരുന്നവർക്ക് ഇത് എന്താ പഞ്ചസാര എന്ന് പറഞ്ഞാൽ ഒരു നുള്ളു പഞ്ചസാര പുറത്തു പോയാൽ അടി കിട്ടും എഴുപത്തഞ്ച് രൂപ അച്ഛന്റെ ഏറ്റവും വലിയ ശമ്പളമായിരുന്നു അങ്ങനെ അങ്ങനെ അറിയോ നിങ്ങൾക്ക് അച്ഛൻ അവസാനം ആ കട സ്വന്തമാക്കി അങ്ങനെ അവിടെ നിന്ന് അപ്പൊ നമ്മുടെ ചെറിയവൻ അച്ഛ അതിപ്പോ സാധിക്കൂല അച്ഛ അതെന്താ ഇപ്പൊ എല്ലാം കമ്പ്യൂട്ടറാണ് കണക്കപ്പം കറക്റ്റ് ആക്കി കൊടുക്കണം സാധ്യമല്ല നമ്മൾ ഈ കഠിനാധ്വാനം കഠിന പരിശ്രമം വെറുതെ ഇതൊക്കെ കുട്ടികളോട് പറയുന്നത് അവർക്കിതൊക്കെ ബോറായിട്ട് ചെയ് തുടങ്ങിയിരിക്കണം ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു ആശയങ്ങൾ നിങ്ങൾ കൊടുത്തു നോക്കൂ അല്ല നമ്മുടെ കുട്ടിക്കാലത്തും ഇത് കേൾക്കുമ്പോൾ നമുക്ക് രസമായിരുന്നോ ഒന്നുമില്ല കഷ്ടപ്പാടും കഠിനാധ്വാനം എന്നൊക്കെ പറയും പിന്നെ ഒരു പർവ്വ ഒരു പർവ്വതം കയറിയ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ പിന്നെയും കുറച്ചൊരു ഇത് വെറുതെ കുറേയൊക്കെ ഇല്ലാത്തതാണെന്ന് അവർക്കറിയാം അതുകൊണ്ട് ഇപ്പൊ അത് നടപ്പില്ല എന്ന് പറയും എല്ലാം കമ്പ്യൂട്ടറൈസ്ഡാണ് കൃത്യം കൃത്യം കണക്ക് ശരി ഇന്നിത്ര മതി അവജാനന്തി മാൂടാഹ മാനുഷിയും തനും ആശ്രിതം പരംഭാവം അജാനന്ത മമഭൂത മഹേശ്വരം ഭഗവാന്റെ പരംഭാവത്തെ ആളുകൾ അറിയുന്നില്ല ഇത് ഭഗവാൻ പലപ്പോഴായിട്ട് പറയുന്നതാണ് നമുക്ക് ഭഗവാന്റെ പരംഭാവം അറിയേണ്ടതുണ്ട് എന്ന് പറയും ഈ ഒൻപതാം അധ്യായം രാജവിദ്യ രാജഗുഹ്യ യോഗം വിദ്യകളിൽ വെച്ച് പരമമായ വിദ്യ അതുപോലെ രഹസ്യങ്ങളിൽ പരമമായ രഹസ്യം എന്നൊക്കെ പറഞ്ഞല്ലോ ഇതൊക്കെയാണ് രഹസ്യം ഭഗവാന്റെ പരംഭാവം അറിയാതെ ഭഗവാൻ ഏതെങ്കിലും ഒരു പ്രകാരത്തിൽ അറിയാം എന്നിട്ട് നമ്മളിങ്ങനെ എന്താ കടന്ന് വട്ടം കറങ്ങുന്നു എന്ന് പറയാം മോഖാശാമോഹ കർമാണ ഇവിടുന്ന് മുതല് ഒന്ന് മനസ്സിലായില്ല എന്ന് പറഞ്ഞു ഒന്നലെ ഒന്ന് രണ്ട് പേര് അതുകൊണ്ട് സ്വാമി ഇവിടുന്ന് മുതലെടുക്കാം പന്ത്രണ്ടാമത്തെ ശ്ലോകം മോഘാശ മോകർമാണ മോകജ്ഞാന വിജേതസഹ രാക്ഷസയും ആസുരയും ചേവ പ്രകൃതിയും മോഹിനിയും ശ്രിതാഹ മോകാശ മോഖാശ എന്ന് പറഞ്ഞാല് നിഷ്ഫലമായ ആശയോടുകൂടിയിട്ടുള്ള അതുപോലെ മോകർമാണ നിഷ്ഫലമായ കർമ്മം മോക മോഹജ്ഞാനാഹ പ്രയോജനരഹിതമായിട്ടുള്ള അറിവ് ഇതാണ് മനസ്സിലായിട്ടില്ലാന്ന് പറഞ്ഞത് ഒന്ന് രണ്ടാളുകൾ പറഞ്ഞു ഇത് മനസ്സിലാവും എങ്ങനെയാണ് കർമ്മം നിഷ്ഫലമാവുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് അറിവ് നിഷ്ഫലമാകുന്നത് എങ്ങനെയാണ് മോഹം നിഷ്ഫലമാകുന്നത് അതുപോലെ സ്വാമി ചിലതിനൊക്കെ നല്ല ഉദാഹരണങ്ങൾ പറയാറുണ്ട് തമാശ പറയാറുണ്ട് കഥ പറയാറുണ്ട് അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊക്കെ പറയുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇതൊന്നും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു ഒരു ചെറുപ്പക്കാരൻ പറയൂ അപ്പൊ നമുക്ക് തോന്നുന്നു ഈ ചെറുപ്പക്കാരന്റെ ഉദാഹരണം തന്നെ പറയാം ഈ കാര്യത്തിൽ ഉദാഹരണങ്ങൾ ഉദാഹരണങ്ങളാണ് അപ്പൊ അതിനേതായിട്ടുള്ള പരിമിതികളും അല്ലെങ്കിൽ അതൊക്കെ ഉണ്ടാവും നിങ്ങൾ എങ്ങനെ സ്വീകരിക്കണമെന്നൊന്നും അറിയില്ല സ്വാമിക്ക് ഏതായാലും പറയാം ഈ ആൺകുട്ടികൾക്ക് ആൺകുട്ടികളുടെ കാര്യമാണല്ലോ സ്വാമിക്ക് ആധികാരികമായിട്ട് പറയാൻ പറ്റുക ഒരു പതിനഞ്ച് പതിനാറ് വയസ്സൊക്കെ ആവുമ്പോൾ അവർക്ക് ആരെങ്കിലുമൊക്കെ സ്നേഹിക്കണം എന്നൊക്കെ തോന്നി തുടങ്ങും കൂട്ടുകാരൊക്കെ അങ്ങനെ പറയും നിനക്ക് ആരുല്ലേ നിന്നെ സ്നേഹിക്കാൻ അല്ലെങ്കിൽ നിനക്ക് സ്നേഹിക്കാൻ അങ്ങനെ ഓരോരുത്തർ ഇതിൽ ഡോക്ടറേറ്റ് എടുത്ത ബിരുദന്മാരൊക്കെ ഉണ്ടാവും വളരെ ഇതായിട്ട് അപ്പൊ അവർ പറയും ഞാൻ ആ കുട്ടി എൻ്റെയാണ് എന്നൊക്കെ അങ്ങനെ പറയും അവകാശവാദങ്ങളൊക്കെ ഉന്നയിക്കും അപ്പൊ പോയിട്ട് സംസാരിക്കും കാണ കാണെന്നൊക്കെ ചോദിച്ചിട്ട് പോയി സംസാരിക്കുമ്പോഴൊക്കെ നമ്മൾ അത്ഭുതപ്പെടുവോ എന്നൊക്കെ കരുതിയിട്ട് അങ്ങനെ ഒരുവന് ഒരു വിദ്വാനാണ് ഒരു ഇതൊന്ന് തുടങ്ങിക്കിട്ടണം അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇവര് കൂട്ടുകാരെല്ലാം കൂടെ ഇത് തുടങ്ങുന്ന സ്ഥലം ഉത്സവ പറമ്പോ ഒന്ന് അവന് ഉത്സവപ്പറമ്പില് ഇത് തുടങ്ങാനുള്ളൊരു പദ്ധതി ആസൂത്രണം ചെയ്തു അവരങ്ങനെ പോകുകയാണ് പോകുന്നതാണ് അപ്പൊ പോകുമ്പോൾ തന്നെ അതിന് ഒരുപാട് തയ്യാറെടുപ്പൊക്കെ ഉണ്ട് മുടി പല വിധത്തിൽ ചീകി നോക്കും ഇത് ശരിയാണോ ഒന്നുകൂടെ മാറ്റി കുറച്ചുകൂടെ ഒന്ന് താഴ്ത്തി അങ്ങനെ ചെയ്യും പിന്നെ ഇട്ട ഷേർട്ട് ഇത് ശരിയല്ല എന്ന് തോന്നി പിന്നെ അതും മാറ്റും അല്ലെങ്കിൽ ഫുൾ ഫുൾ സ്ലീവാണെങ്കിൽ ആദ്യം ഫുൾ സ്ലീവ് ആക്കി നോക്കും പിന്നെ കയറ്റി നോക്കും പിന്നെ രണ്ട് ഇറക്കി നോക്കും അങ്ങനെ ഒരുപാട് ഗവേഷണം ഉണ്ട് ഇതിൻ്റെ പിറകില് ഏതായാലും കൂട്ടുകാരൊക്കെ കൂടെ കൊണ്ടുപോയി അങ്ങനെ എന്താ ശിവേലി കൊട്ടുന്ന അവിടെ നിന്നിട്ട് അപ്പം ആളെ കണ്ടിട്ടുണ്ട് അപ്പം ഇവന് ട്രെയിനിങ് കൊടുക്കുക മറ്റുള്ളവർ എന്താ ഇതിലെ ട്രെയിനിങ് ഒന്ന് കണ്ണിറുക്കി കാണിക്കണം ഇത്ര വേണ്ടു പക്ഷേ അതിനുള്ള ധൈര്യം ഇവനില്ല അതിനാണ് ഇത്രയും സെക്യൂരിറ്റിയൊക്കെ കൊണ്ടുപോയിട്ട് അങ്ങനെ എന്താ ഇവരിങ്ങനെ ഇങ്ങനെ തോണ്ടി കൊടുക്കും അവരിങ്ങനെ നോക്കുമ്പം കണ്ണിറുക്കിക്കോളാനാണ് പറയുന്നത് പക്ഷേ ഇവൻ കണ്ണിറുക്കുന്നില്ല എന്ന് പറയാം അവസാനം ഇവനെ എപ്പോഴോ കണ്ണുറുറുക്കി അതോ കറണ്ട് പോയ സമയത്ത് കരണ്ട് വന്നു നോക്കുമ്പോൾ കറണ്ട് വന്നപ്പം ഇവരിവനെ നോക്കുകയാണ് അപ്പോഴേക്കും കുട്ടി പോയി പക്ഷെ അവനെപ്പോഴും അങ്ങനെ മോകാശ മോക കർമാണ എല്ലാം നിഷ്ഫലം ഇരുട്ടത്ത് കണ്ണിറുക്കിയതുകൊണ്ട് എന്ത് കാര്യം ഇതുപോലെ കർമ്മങ്ങൾ ശ്ലോകം മനസ്സിലായി എന്ന് വിചാരിക്കണം ഇരുട്ടത്ത് കണ്ണെറുക്കിയതുപോലെ അതാരും അറിയുന്നില്ല പക്ഷെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട് നമ്മളത് അതിന്റെ എന്താ പറയാ കർത്താവാണ് എന്ന് പറയുക അതുകൊണ്ടെല്ലാം പ്രയോജനരഹിതമായി തീരുന്നു പ്രകൃതിയും മോഹിനിയും ശ്രിതാഹ പ്രകൃതിയെ ഈ എന്താ ആസുരയും പ്രകൃതിയും ആസുരികമായ പ്രകൃതിയെ അവരാശ്രയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ അജ്ഞാനം തന്നെയാണ് അവര് ആശ്രയിച്ചിരിക്കുന്നത് അജ്ഞാനത്തെ ആശ്രയിച്ച് എന്തെങ്കിലും ചെയ്യുന്നുവെങ്കിൽ അതില് ഒരു വിധത്തിലുള്ള എന്താ പ്രയോജനവും അതിൽ നിന്ന് കിട്ടാനില്ല പതിമൂന്നാമത്തെ ശ്ലോകം ചൊല്ലിക്കൊള്ളൂ നോക്കാം മഹാത്മാനസ് ഭജന്ത്യന്യസഹ മഹാത്മാനഹ മാം പാർത്ഥ ദൈവീം പ്രകൃതിം ആശ്രിത ഭജന്തി അനന്യമനസാ ഭൂതാദിം അവ്യയം അല്ലയോ അർജുന ഹേ പാർത്ഥ മഹാത്മാനഹ മഹാത്മാക്കളാകട്ടെ മഹാത്മാവിന്റെ ലക്ഷണമാണ് ഇവിടെ പറയുന്നത് ആരാണ് മഹാത്മാവ് മഹാത്മാക്കളാകട്ടെ ദൈവീം പ്രകൃതിയും ആശ്രിതാഹ ദൈവി ദൈവീം ഭഗവാന്റെ പ്രകാശസ്വരൂപമാർന്ന ഈശ്വര സംബന്ധിയായ ഈ പ്രകൃതിയെ പ്രകൃതിയും സ്വഭാവത്തെ ആശ്രിതാഹ ആശ്രയിച്ചവരായിട്ട് എന്ത് ചെയ്യുന്നു മാം എന്നെ അവ്യയം ഭൂതാദിം ജ്ഞാത്വ ഞാൻ അവ്യയനാണെന്ന് അറിഞ്ഞിട്ട് ആരുടെ ഭൂതങ്ങളുടെ ഭൂതാദിം ഭൂതത്തിൻ്റെ ഉദ്ഭവത്തിനും അതിന്റെ വിലയനത്തിനും അതിൻ്റെ നിലനിൽപ്പിനും എല്ലാം കാരണമായി വർത്തിക്കുന്നവൻ ഞാനാണെന്നറിഞ്ഞിട്ട് ജ്ഞാത്വ അനന്യ മനസ്സഹ ഭജന്തി അവർ മറ്റ് ചിന്തകളൊന്നും കൂടാതെ അവരെന്നെ ഭജിക്കുന്നു എന്ന് പറഞ്ഞ ഏകാഗ്ര ചിന്തയോടുകൂടിയിട്ട് അവരെന്നെ ഭജിക്കുന്നു ഇതാണ് മഹാത്മാവിന്റെ ലക്ഷണം ഇതുവരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇത് ഇതിൽ ഇതിനെ കൂടുതൽ വിശദീകരിക്കണം എന്ന് തോന്നുന്നില്ല ഈശ്വരന്റെ അവ്യയമായ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ വ്യയമില്ലാത്തതാണ് ഇവിടെ നിങ്ങൾ എന്താ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക ഈശ്വരന്റെ പേരില് ആരെങ്കിലും വീണ്ടും സ്വാമി പറയട്ടെ ഈശ്വരന്റെ പേരില് ആരെങ്കിലും വല്ല കാർട്ടൂൺ വരയ്ക്കി വല്ല എന്തെങ്കിലും പറയുക പ്രവർത്തിക്ക് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു പ്രകാരത്തിലും വിഷമിക്കേണ്ടതില്ല പല ഒരു ഒരു കാലത്ത് ഒരു ഒരു സമയത്ത് സ്വാമി ഇത് നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി പറയുന്ന കുറേ വർഷങ്ങൾക്ക് മുൻപ് കോട്ടയത്ത് ഒരു ഒരു ജ്ഞാനയജ്ഞം നടക്കുന്ന സമയത്ത് അവിടുന്ന് സ്വാമിയോട് പറഞ്ഞു അത് ഈ ചി ചില മതത്തിലെ മതസ്ഥർ വന്നിട്ട് ഈ മതമാറ്റത്തിനൊക്കെ വേണ്ടി പ്രേരിപ്പിക്കുന്നു ആ സമയത്ത് അവരുടെ ദേവന്റെ പടമൊക്കെ തന്നിട്ട് ഞങ്ങളെ അങ്ങനെ ചെയ്യണു ഇങ്ങനെ എങ്ങനെ എങ്ങനെ പ്രലോഭ പ്രലോഭിപ്പിക്കുന്നു അപ്പൊ എനിക്ക് എനിക്ക് തോന്നുന്നത് ആ ചിത്രം കീറി വലിച്ചെറിയണം എന്ന് തോന്നുന്നുണ്ട് പക്ഷേ എനിക്കെന്തോ മനസ്സ് വരുന്നില്ല എന്താ ഇപ്പം ൾ അമ്മയ്ക്ക് എന്താ ഫോട്ടോ കീറാനുള്ള ഇതാണോ വേണ്ടത് അങ്ങനെയാണെങ്കിൽ ആദ്യ അമ്മ കൃഷ്ണൻ്റെ ഫോട്ടോ കീറിപ്പടിക്കണം അതെ നമ്മുടെ ദേവന്മാർ എന്ന് പറയുന്ന കലണ്ടറിലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കീറിപ്പഠിക്കുക എന്നാൽ മറ്റൊന്നും കീറിപ്പടിക്കാം അനായാസേന കീറാൻ സാധിക്കുമെന്ന് പറയാം അപ്പം എവിടെയെങ്കിലും എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ നമ്മൾ നമ്മളോട് ആളുകൾ പറയാറുണ്ട് സ്വാമിജി വിദേശത്തേക്കൊക്കെ പോകുമ്പോൾ പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലേക്ക് ഗൾഫിലെ ഗൾഫ് കൺട്രികളിലൊക്കെ പല സ്ഥലങ്ങളിലും ചിലയിടത്തൊന്ന് അത്ര എന്താ പറയുക വിഷമമൊന്നുമില്ല എന്നാലും ചിലയിടത്തേക്കൊക്കെ നമ്മുടെ ബാഗൊക്കെ പരിശോധിക്കും ബാഗിൽ വല്ല കൃഷ്ണൻ്റെ വിഗ്രഹമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർ ഉടച്ചിട്ട് അവിടെ അവരുടെ എന്താ പറയുക കസ്റ്റംസ് ചെക്ക് ചെക്ക് പോസ്റ്റിൽ അവിടെ ഈ വേസ്റ്റ് ഇടുന്ന കൊട്ടയുണ്ട് അതിലേക്ക് ഒരു ഒരു ഒരൊട്ട പൊട്ടിക്കല നിങ്ങളുടെ കൃഷ്ണനെ എന്താ പൊട്ടിച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് ഇട്ടു ഇതിന് സാക്ഷ്യം വഹിച്ചിട്ടുള്ള എത്ര പേര് ഇതിലുണ്ട് എന്നറിയില്ല ആ സമയത്തൊക്കെ ഏതായാലും നമ്മളെ അങ്ങോട്ടേക്ക് ഇന്നാശരി എൻ്റെ കൃഷ്ണനെ കൊട്ടയിലിടുകയാണെങ്കിൽ നിങ്ങളുടെ രാജ്യത്തേക്ക് ഞാനില്ല എന്ന് പറഞ്ഞ് തിരിച്ചു പോരും ഒന്നുമില്ല എന്നാശരി ഇവന്മാരെ മനസ്സിൽ ശപിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ജോലിയും മറ്റ് സൗകര്യങ്ങളൊക്കെയാണല്ലോ ആവശ്യം കൃഷ്ണൻ കൊട്ടയിലെങ്കിലും കൊട്ടയിൽ അവിടെ ഇരിക്കട്ടെ അതെ നമ്മൾ അകത്തേക്ക് പോകുന്നു എന്ന് പറയാ ഏതായാലും അവിടെ അകത്തേക്ക് പോവാനുള്ള ശക്തി ആ ജഗതീശ്വരൻ തരുന്നതാണ് അപ്പം നിങ്ങളുടെ ഏതെങ്കിലും ഒരു സംഗതിയിൽ നിങ്ങളങ്ങനെ ഈശ്വരനെ കരുതരുത് അതാണ് ഭഗവാൻ ഇവിടെ പറയുന്നതിൻ്റെ എന്താ ആശയം അപ്പൊ ആരെങ്കിലും നിങ്ങളുടെ വിഗ്രഹത്തെ ഏതെങ്കിലും പ്രകാരത്തിൽ അധിക്ഷേപിച്ചുവെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുവെങ്കിൽ അതിൽ നാം മുറിപ്പെടേണ്ട ആവശ്യമില്ല മുറിപ്പെടാൻ പറ്റുന്നതല്ല ഞാൻ അതുകൊണ്ട് ഭഗവാൻ ഇവിടെ പ്രയോഗിച്ചിട്ടുള്ളൊരു വാക്ക് ഓർമ്മ വേണം അവ്യയം അവ്യയം ഈ അവ്യയം എന്നത് ഒരിക്കലും ചുതിയില്ലാത്ത സാമൂഹിക ദ്രോഹികൾക്ക് കൈ എന്താ പറയാ കയ്യേറ്റം ചെയ്യാൻ പറ്റാത്തത് അവരാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത് ഈ അടുത്ത് തിരുവനന്തപുരത്ത് പന്മനാശ്രമത്തില് എന്താ ഒരു സരസ്വതിയുടെ വിഗ് കൈ അടിച്ച് എറിഞ്ഞു അടിച്ച് പൊട്ടി പൊട്ടിച്ചു എന്നാ അപ്പൊ ചിലർ സംരക്ഷകരായിട്ട് ചെന്നു ഞങ്ങളുണ്ട് അപ്പൊ സ്വാമി ഓർമ്മ ഇവിടെ ആരും വരണ്ട ഒരു കുഴപ്പമില്ല എന്ന് പറയുക അത് നല്ലൊരു സ്വാമി ആയതുകൊണ്ട് സാധിച്ചു അതല്ല നമുക്ക് ഉടനെ യോഗം വിളിക്കാം എന്ന് പറഞ്ഞ അതുകൊണ്ട് ഇത് നന്നായി ഓർമ്മയിരിക്കട്ടെ ഇതാണ് നമ്മുടെ മതം എന്ന് പറയുക ഏതൊരാളുടെയും അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ ഈശ്വരൻ കാരുണ്യത്തിൻ്റെതാണ് ഞങ്ങളുടെ ഈശ്വരൻ സമാധാനത്തിൻ്റെതാണെന്ന് പറയാ എന്നിട്ട് ഞങ്ങളുടെ ഈശ്വരൻ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ എല്ലാറ്റിനീ ചെറിയായി കളയെന്ന് പറയാ അതെന്ത് സമാധാനമാണ് ഒരിക്കലും അതാവുന്നില്ല അപ്പം നമ്മൾ ഒരു മതവിശ്വാസി എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഈശ്വര വിശ്വാസി എന്ന നിലയ്ക്ക് നാം ആരാധിക്കുന്ന ഈശ്വരൻ ഇതാ ഇതാണ് അവ്യയനാണ് എന്ന് പറയാം ആർക്കും ഒരു പ്രകാരത്തിലും ചുതിയേൽപ്പിക്കാൻ പറ്റുന്നതല്ല എന്റെ ഈശ്വരൻ അതുകൊണ്ട് ആരും എന്ത് വേണമെങ്കിൽ പറയുകയെ പ്രവർത്തിക്കുകയോ ഒക്കെ ചെയ്തോട്ടെ അതുകൊണ്ട് ഈ ഒരു ഈ ഒരു ഉറപ്പ് നമുക്കുണ്ടായിരിക്കണം അതുകൊണ്ട് നിങ്ങൾ എവിടെയെങ്കിലും വല്ലയിടത്തും വല്ലതും പൊളിച്ചു എന്ന് കേട്ടാല് വല്ലതും ചെയ്തു എന്ന് നിങ്ങൾക്ക് ഭഗവാനെ എന്താ ഇതൊക്കെ എന്നൊന്നും ചോദിക്കേണ്ട എന്ന് അതൊക്കെ മൂടന്മാരാണ് എന്നെ ഭജിക്കുന്നവരോ ഇതാ മഹാത്മാനഹ മഹാത്മാക്കളാണ് പറഞ്ഞവരെ അതുകൊണ്ട് ഇന്ന് ലോകത്തില് നിങ്ങൾക്കറിയോന്നറിയില്ല ലക്ഷ്യവും മാർഗവും ആളുകൾ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കണോ ലക്ഷ്യവും മാർഗവും മാർഗത്തെ ലക്ഷ്യമായി സ്വീകരിച്ചിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾക്കറിയോ ലോ ഈ ലോകത്തില് ഏറെ വിവാദങ്ങളിൽ പെട്ടിട്ടുള്ള സ്ഥലങ്ങളാണ് ഈ ഭഗവാൻമാര് ജനിച്ചു എന്ന് പറയുന്ന സ്ഥലം ക്രിസ്തു ജനിച്ചു എന്ന് പറയുന്ന ജെറുസലേമ് ടെററിസ്റ്റുകൾ എപ്പോഴും ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം ഏഹ് അപ്പൊ അവിടെ മിലിറ്ററിയുടെ സംരക്ഷണയിലാണത് കൃഷ്ണൻ ജനിച്ചു എന്ന് പറയുന്ന ദ്വാരകയുടെയും സ്ഥിതി വേറൊന്നുമല്ല അപ്പൊ ഇവിടെയൊക്കെ ചുറ്റും പോലീസും പട്ടാളവും ഒക്കെയാണ് ഇനി ഇസ്ലാം സമ്പ്രദായത്തില് ആ ഹസ്രത് ബാൽ എന്ന് പറയുന്ന കാശ്മീരിൽ അവർ വിശുദ്ധ മുടി ഹസ്രത് ബാൽ എന്ന് പറഞ്ഞാൽ വിശുദ്ധ മുടി സൂക്ഷിച്ചിരിക്കണമെന്നാണ് അപ്പൊ അവിടെ അത് വിശുദ്ധ മുടിയല്ലാതെ പ്ലാസ്റ്റിക് മുടിയാണെന്ന് ആരോ പറഞ്ഞതോടുകൂടി അത് വലിയ ബഹളായി ഒന്ന് രണ്ടെത്തിൻ്റെ തല പോയി ഏതോ ഒരു കത്തിയാലെ ഒരു സമയത്തൊരു കത്തി വെച്ചു ഇങ്ങനെ ഇങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയാൽ മതി ആകെ ആളിക്കത്തും എന്ന് പറയാം അപ്പൊ എന്താണ് ഈ അയോധ്യ എന്ന് പറയുന്ന ഭൂമി ഭൂപ്രദേശം ഒരിക്കലും ലക്ഷ്യമല്ലാത്ത നമ്മൾ ആ മാർഗത്തെ ലക്ഷ്യമാക്കിയെടുക്കുമ്പോഴോ ആകെ സംഘർഷങ്ങളാണ് ഏതെങ്കിലും ഒരു ഭൂപ്രദേശത്തെ അല്ല ശരിക്കും പറയും അയോധ്യ എന്ന് പറയുമ്പോൾ എന്താണ് ആയോധന നിലച്ച ഭൂമി എന്നാണ് അത് മനസ്സ് തന്നെയാണ് ഏതെങ്കിലും ഒരു ഭൂപ്രദേശത്തെ നമുക്ക് സംരക്ഷിക്കൽ ലക്ഷ്യമായി വരുന്ന സമയത്ത് സംഘർഷങ്ങൾ ഉണ്ടാവും അപ്പൊ ലോകം മുഴുവൻ ഇത്തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ സംഘർഷങ്ങളുടെ കേന്ദ്രങ്ങളാണ് പണ്ടൊക്കെ ഉത്സവ പറമ്പിൽ ഇത്ര പോലീസിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു അല്ലേ ഇന്നിപ്പോൾ ഉത്സവ പറമ്പിൽ ആൾക്ക് വീതം ഒരു പത്താൾക്കൊരു പോലീസാണ് ഒരു പോലീസ് അന്നാഹത്തെ കാണുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഉത്സവത്തിന്റെ പ്രതീതി ഉണ്ടാവും അല്ലെ അവിടെ എന്തോ അങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നു അപ്പം അവ്യയം അവ്യയം എന്നുള്ളത് ഓർത്തുകൊണ്ട് ഒരിക്കലും വ്യയമില്ലാത്തത് ഒരാളാലും ഒരു ദേശത്താലും ഒരു പ്രകാരത്തിലും പരിമിതപ്പെടുത്താൻ പറ്റാത്തത് എന്നും നിലകൊള്ളുന്നത് അത് ഞാൻ സാക്ഷാത്കരിക്കേണ്ടുന്നതാണ് ഈ ഭാവത്തിൽ അല്ലാതെ ഒരാളും നിങ്ങൾ ഈശ്വരനെ ആരെങ്കിലും എന്തെങ്കിലും അപകീർത്തിപ്പെടുത്തി സംസാരിച്ചു കഴിഞ്ഞാൽ അതിന് പകരം നിങ്ങൾ പുതിയ കഥകളൊന്നും മെനയേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ എന്താ പല്ലിന് പല്ല് കണ്ണിന് കണ്ണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് ഓരോന്ന് കേൾക്കുന്നുണ്ടല്ലോ ആ രീതിയൊന്നും നമ്മുടെതല്ല നമ്മുടെ രീതി ഇതാണ് ഇതായിരിക്കട്ടെ രീതി തിരുമേനി എന്താ ബസ്സിൽ പോകുന്ന സമയത്ത് വേറൊരാള് തിരുമേനിയുടെ അടുത്ത് വന്ന് അങ്ങോട്ട് ഇരുന്നു എന്നാ അപ്പൊ തിരുമേനി ഒരു കുറച്ചൊന്നങ്ങനെ ഒന്ന് ഒതുങ്ങിയിരുന്നപ്പം അദ്ദേഹത്തിന് എന്തോ അത് അത്രയും അങ്ങോട്ട് ഇഷ്ടായില്ല എന്നാ അപ്പൊ ഇദ്ദേഹത്തിന് ഈ തിരുമേനിയെ വിഷമിപ്പിക്കാനായിട്ട് ഇദ്ദേഹം ഓരോന്ന് പറയാൻ തുടങ്ങി അങ്ങനെ അങ്ങനെ അത് ഇത് നോക്കാം അപ്പം തിരുമേനി തിരിച്ച് പറയാൻ തുടങ്ങി എന്താ പറയണത് പാൽപ്പായസം കുടിക്കി കുടിയൻ സാമ്പാർ കുടിയൻ അവിയൽ പ്രിയൻ എന്നൊക്കെ അപ്പം അപ്പുറത്തിരിക്കുന്ന ആൾക്ക് അത്ഭുത ഇത് എന്താ തിരുമേനി തിരുമേനി പറയണത് അയാൾ പറയുന്നത് പുളിച്ച ഇത് നിങ്ങൾ പറയണതോ നാം കഴിക്കണത് നാം പറഞ്ഞു അദ്ദേഹം കഴിക്കുന്നത് അദ്ദേഹം പറഞ്ഞത് അതെ അപ്പം അവരവരുടേത് പറയും അതിനൊന്ന് നമ്മൾ ഒരിക്കലും പകരം കൊടുക്കാൻ പോകരുത് ആരെന്തോ പറയട്ടെ നിങ്ങൾക്ക് ഈശ്വരൻ എന്ന് കേൾക്കുമ്പം ഭഗവത്ഗീതയായിരിക്കണം പ്രമാണം നമുക്കിതിൽ നിന്ന് കരുത്ത് നമുക്ക് കിട്ടിയിരിക്കണം നമുക്ക് വ്യക്തമായ മാർഗം തെളിഞ്ഞിരിക്കണം ലക്ഷ്യവും മാർഗവും ശരിക്കറിഞ്ഞിരിക്കണം നമ്മളെ ആരാൽ ആർക്കും നമ്മളെ കബളിപ്പിക്കാൻ പറ്റരുത് ഒരാൾക്കും അതിന് നാം നിന്നു കൊടുക്കരുത് എന്ന് പറയാം അതിന് ശാസ്ത്രം നമുക്ക് പ്രമാണമായിരിക്കട്ടെ തുടർന്ന് സതതം കീർത്തോ സതതം കീർത്ത ദൃഢവ്രത നമസ്യന്ത നിയുക്ത ഉപസത്തെ സതതം സതതം എന്ന് പറഞ്ഞ എല്ലായ്പ്പോഴും എല്ലായ്പ്പോഴും സതതം മാം കീർത്തയന്ത എന്നെ കീർത്തിക്കുന്നവരായി സതതം മാം കീർത്തയന്ത എല്ലായ്പ്പോഴും എന്നെ കീർത്തിക്കുന്നവരായി ഇന്നലെ നമ്മൾ ഈ ശ്ലോകമൊക്കെ എടുത്തതാണ് എന്നാലും ആരൊക്കെയോ ശ്രദ്ധ എന്താ വേണ്ടത്ര ശ്രദ്ധിക്കാൻ പറ്റിയില്ല എന്നോ ആ ഒക്കെ പറഞ്ഞപ്പോ സ്വാമിക്ക് തോന്നി ശരി എടുക്ക കീർത്തിക്ക എന്ന് പറയുമ്പം വെറുതെ നാമാവലികൾ ചൊല്ലല് മാത്രമല്ല ഉം പിന്നെയോ നമുക്ക് എന്തുകൊണ്ട് കീർത്തനത്തിന് നമുക്ക് പറയാൻ വാക്കുകള് ഉദ്ഭവിക്കുന്നത് എവിടെ നിന്നാണ് ആ ചൈതന്യത്തിന്റെ സാന്നിധ്യത്തിലാണ് എന്ന തിരിച്ചറിവോടുകൂടി വാക്കുകൾ വാക്കുകളുടെ മേലില് ശ്രദ്ധയുണ്ടാവുമ്പം അത് കീർത്തനമായി വാക്കുകളുടെ മേലിൽ എന്തു വേണം പൂർണ്ണ ആധിപത്യം വേണം എന്ന് പറയാ എന്തെങ്കിലും അടിച്ചു വിടാം അടിച്ചു അങ്ങോട്ട് വിടുന്ന രീതിയിലാവരുത് എന്ന് പറയാം സ്വന്തം അധിപനാവാൻ കഴിയുന്നില്ല നമ്മുടെ ശവക്കുഴി നമ്മൾ തന്നെ തോണ്ടുന്നവരായി തീരും അതുകൊണ്ട് മാം കീർത്തയന്ത കീർത്തിക്കുന്നവർ എന്നെ എല്ലായ്പ്പോഴും കീർത്തിക്കുക എന്ന് പറഞ്ഞാൽ കീർത്തനത്തില് അങ്ങേയറ്റത്തെ അതീവ ശ്രദ്ധ എന്താ ആ മാർ ലക്ഷ്യ ലക്ഷ്യബോധം ഉള്ളവരായിട്ടിരിക്കുക ദൃഢവ്രത അതുപോലെ യഥന്ത നിത്യയുക്ത നിത്യയുക്ത യത്നിക്കുന്നവരായിട്ട് നിത്യയുക്തന്മാരായിട്ട് അവരിങ്ങനെ എന്താ അവർക്ക് പ്രായമാവുന്നില്ല എന്ന് പറയുക അവരോരോ ഓരോരോ ബർത്ത്ഡേ കഴിയുമ്പോഴോ അയ്യോ ഞാൻ പ്രായമായോ എന്ന് തോന്നില്ല അവർ നിത്യയുക്തന്മാരാണ് നിത്യവും അതിലാണ് അതുകൊണ്ട് അതെന്താണ് കാലാധിപർത്തിയാണ് അതുകൊണ്ട് എനിക്ക് വയസ്സായി പോയി എന്നുള്ള ചിന്തയൊന്നുമില്ല ഭക്തൻ അങ്ങനെ ഒരു ഇതുണ്ടാവും ഭക്തൻ സദാ അതുകൊണ്ടാണ് ബാലവത് എന്ന് പറഞ്ഞത് കുട്ടികളെ പോലെ നിത്യയുക്ത പ്രായം നമുക്ക് പറയാൻ ചിലപ്പം വലിയ വിഷമായിരിക്കും അല്ലേ അത് കേട്ടിട്ടുണ്ടോ ഒരിക്കലും ഈ കോളനിയിൽ നിന്ന് ഈ കുറച്ച് സ്ത്രീകൾ പോയിട്ട് കലക്ടറെടുത്ത് പോയി പരാതി ഭയങ്കര പരാതി കൊതുക് കൊതുകാണ് പ്രശ്നം ഈ കൊതുക് കാരണം ഞാൻ കിടന്നുറങ്ങാൻ പറ്റുന്നില്ല നിങ്ങൾ എന്ത് എന്ത് കോർപ്പറേഷനാണ് എന്ത് കലക്ടറാണ് നിങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പറയാൻ തുടങ്ങി നിങ്ങൾ എന്താ ചെയ്യുന്നത് എന്തെങ്കിലുമൊക്കെ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളം ഒരു പത്ത് പതിനഞ്ച് സ്ത്രീകൾ അവിടെ പോയിട്ട് കലക്ടറുടെ ചേമ്പറിൽ പോയിട്ട് അപ്പൊ കളക്ടർ വിചാരിച്ചു ഇവരെ എങ്ങനെയപ്പോ ഒന്ന് നിർത്തുക സമാധാനിപ്പിക്കുന്നത് അപ്പൊ കളക്ടർ പറഞ്ഞു ഒരു കാര്യം ചെയ്യൂ നിങ്ങളുടെ പ്രായമുള്ളവര് സംസാരിക്കട്ടെ എന്ന് അപ്പൊ ഒറ്റ കുട്ടി ഒന്നും പറയുന്നു അതെ അപ്പൊ ഓരോരുത്തരും കണ്ണുകൊണ്ട് കാണിക്കാൻ തുടങ്ങി പറയട്ടെ എല്ലാവരും നിഷേധം കളക്ടർ സൈക്കോളജി പഠിച്ച ആളാണ് പറയുന്നത് ഒരു ഇന്റർവ്യൂ ചെയ്യാൻ ഒരു ഒരു ഫിലിം സ്റ്റാറിന് ഒരു സിനിമ നടിയെ ടി വി ഇന്റർവ്യൂ ചെയ്തു അപ്പോൾ അവരുടെ പല സിനിമകളും വലിയ ഹിറ്റ് ആയിട്ടുള്ളതൊക്കെയാണ് അപ്പോൾ ആ സിനിമ ഈ സിനിമ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു അവർ കുറെ ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞിട്ട് അതിലൊരാൾ ചോദിച്ചു മാഡം ഇപ്പം എത്ര മേഡത്തിനിപ്പോൾ എത്ര വയസ്സായിരുന്നു ചോദിച്ചു അത് എനിക്ക് ട്വന്റി ഫോർ അല്ല മാഡം അത് രണ്ടു വർഷം മുമ്പ് ഇത് തന്നെയല്ലേ ഞങ്ങളോട് പറഞ്ഞത് രണ്ട് മൂന്ന് വർഷം മുമ്പ് അപ്പം അവർ പറഞ്ഞു അതെ നിങ്ങൾ വിചാരിച്ച പോലെ ഈ രാഷ്ട്രീയക്കാരെ പോലെ മാറ്റി പറയുന്ന സ്വഭാവം എനിക്കില്ല അന്ന് എന്താണോ ഞാൻ പറഞ്ഞ അത് തന്നെ ഞാൻ എന്താ ഞാൻ എന്താണ് നിത്യയുക്ത ഞാൻ അതിൽ തന്നെയാണ് സ്റ്റിക് ഓൺ ചെയ്തിരിക്കുക ഇനി മാറ്റവും ഇല്ല നിത്യയുക്തനായിട്ട് നമസ്ന്തം ഭക്തിയ നമസ്കാരപൂർണ്ണമായിട്ടുള്ള വിന്യാന്യതമായിട്ടുള്ള ഒരു ഭാവത്തോടുകൂടി ആരാണോ എന്നെ ഉപാസിക്കുന്നത് അവര് ശ്രേഷ്ഠന്മാരാണ് അവരങ്ങനെ എന്നെ ഉപാസിക്കുന്നു എന്ന് പറയാം അവരെന്നെയാണ് സദാസമയം കാതോർക്കുന്നത് അവരെൻ്റെ ചര്യകളിലേക്ക് അവരുടെ കാതും കണ്ണും പോകുന്നില്ല അവൻ സദാ എന്നിടും അത് അത് ഒഴിവാക്കിയാൽ തന്നെ നമുക്ക് വലിയൊരു എന്താ ആനന്ദമുണ്ടാവും ഭഗവാന്റെ അനുഭവം ആനന്ദം എന്നത് സാധിക്കും നമസ്കാരപൂർണമായിട്ടുള്ള വിനയാന്യതമായിട്ടുള്ള ഒരു ഭാവത്തോടുകൂടി ആരാണോ എന്നെ ഉപാസിക്കുന്നത് അവര് ശ്രേഷ്ഠന്മാരാണ് അവരങ്ങനെ എന്നെ ഉപാസിക്കുന്നു എന്ന് പറയാ അവരെന്നെയാണ് സദാ സമയം കാതോർക്കുന്നത് അവരെൻ്റെ ചര്യകളിലേക്ക് അവരുടെ കാതും കണ്ണും പോകുന്നില്ല അവൻ സദാ എന്നിൽ അത് അത് ഒഴിവാക്കിയാൽ തന്നെ നമുക്ക് വലിയൊരു എന്താ ആനന്ദമുണ്ടാവും ഭഗവാന്റെ അനുഭവം ആനന്ദം എന്നത് അനുഭവിക്കാൻ സാധിക്കും ഇനി നമുക്ക് വിസ്തരിച്ച് അടുത്ത ശ്ലോകങ്ങളിലേക്ക് പോവാം ജ്ഞാന ചാപ്യണ്യേ യജന്തോമാമുപാസത്തെ ഏക പൃഥക്വേന ബഹുധാ വിശ്വതോമുഖം ജ്ഞാനയജ്ഞേന ച അഭി അന്യേ യജന്തം ഉപാസത്തെ ഏകത്വന പൃഥത്വേന ബഹുദാ വിശ്വതോ മുഖം പറയുന്നു ഭഗവാൻ അഭിച അന്യേ ജ്ഞാനയജ്ഞേന മുൻപ് പറഞ്ഞിട്ടുള്ളതാണ് മാത്രമല്ല അഭിച മാത്രമല്ല അന്യേ അന്യേ എന്ന് പറഞ്ഞാൽ മറ്റു ചിലർ ജ്ഞാനയജ്ഞേന ജ്ഞാനമാകുന്ന യജ്ഞം കൊണ്ട് അറിവ് പകർന്നു കൊടുക്കുന്നതിലൂടെ ഇത് വലിയൊരു നിങ്ങൾ ഈ ജ്ഞാനയജ്ഞം എന്ന് കേൾക്കുമ്പോ സംസ്കൃത ശ്ലോകം ഉദ്ധരിച്ചുകൊണ്ട് എന്താ പറയുക വലിയ വലിയ മഹത് വചനങ്ങളൊക്കെ ഉരുവിട്ട് കൊടുക്കുക എന്ന് മാത്രം കരുതരുത് അറിവ് പകർന്നു കൊടുക്കുക എന്നുള്ളതാ അതെങ്ങനെയാണ് ഇത് അറിവ് പകർന്നു കൊടുക്കൽ അയ്യോ ചില സംഗതികളൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ അത്ഭുതം തോന്നും ഈ അടുത്തൊരു പുസ്തകം വായിച്ചപ്പം അതിൽ ഒരനുഭവം പറഞ്ഞതാ എന്താന്ന് പറഞ്ഞാൽ ഒരു ഒരമ്മ അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അപ്പൊ ആ ഒരുപാട് പ്രശ്നങ്ങൾ വന്ന സമയത്ത് അവര് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച അവര് അവരുടെ സുഹൃത്തിനെ വിളിച്ചു വേറൊരു അമ്മയെ വിളിച്ചിട്ട് ഈ വിവരം പറഞ്ഞു ഇനി എനിക്ക് ജീവിക്കാൻ വയ്യ മതിയായി അതുകൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവാ നിന്നോട് മാത്രമേ എനിക്കിത് പറയാനുള്ളൂ എന്നവര് പറഞ്ഞിട്ട് അവരോട് കുറെ പറഞ്ഞു കരഞ്ഞ് കരഞ്ഞ് കരയാൻ തുടങ്ങി അപ്പൊ ഇവര് പറഞ്ഞു ഇപ്പൊ ഇവരിങ്ങനെയൊക്കെ ടെലിഫോണിലാണ് പറയുന്നത് കുറച്ച് ദൂരത്താണ് പെട്ടെന്ന് പോയി ആശ്വസിപ്പിക്കാനൊന്നും പറ്റില്ല ട്രെയിനിൽ വന്ന് ഇവിടെ വരുമ്പോഴേക്കും ആത്മഹത്യ കഴിഞ്ഞിട്ടുണ്ടാവും അപ്പൊ പിന്നെ എന്താ ചെയ്യാം അവര് ഭഗവത്ഗീത ഉദ്ധരിക്കുക ഉപനിഷത്ത് ഉദ്ധരിക്കുക ഒന്നും ചെയ്തില്ല അവര് പറഞ്ഞു എനിക്ക് നിന്നോട് പറയാനുള്ള ഒറ്റ കാര്യം എന്താണ് അഥവാ നീ ആത്മഹത്യ ചെയ്താൽ ഒരു സംശയവും വേണ്ട നിന്റെ കുഴിമാടത്തിൻ്റെ മുകളിൽ വന്നിട്ട് ഞാൻ മൂത്രമൊഴിക്കുന്നു അതെ ഇതൊരു ഇതൊരു സംഭവമാണ് ഉണ്ടായതാണ് അപ്പൊ ഇത് കേട്ട ഉടനെ അവർക്ക് വല്ലാത്തൊരു ചിരി വന്നു അവരിതിങ്ങനെ വിഷ്വലൈസ് ചെയ്തു കുഴിമാടത്തിന് വന്ന് ഇവർ മൂത്രമൊഴിക്കുന്നത് പക്ഷേ ഇവർക്ക് എപ്പോഴൊക്കെ ആത്മഹത്യയെക്കുറിച്ച് ചിന്ത ഉണ്ടാവുന്നു ആ സമയത്തൊക്കെ അവർ ഇതിങ്ങനെ ആലോചിക്കുന്നു അവർ പറയാണ് എന്നെ ഒരു ചിരിയിലേക്ക് അതിനെ അങ്ങേയറ്റം അതിൻ്റെ എന്താ പറയുക എത്ര നിരർത്ഥകമായ ഒരു തീരുമാനമായിരുന്നു ഞാൻ എടുത്തതെന്ന് ഈ ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് എന്നെ ആകെ അടിമുടി ഒലച്ചു കളഞ്ഞു എന്ന് പറയാം നമ്മൾ പകരം എന്താ ചെയ്യാം നോക്കൂ വത്സലേ നീ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിൻ്റെ രണ്ട് കുട്ടികൾ അവരുടെ കാര്യം എന്താവും നീ ഇങ്ങനെ ചെയ്യരുത് ഏ അങ്ങനെ എങ്ങനെ എന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ അവർക്ക് കേട്ട് കേട്ട് മതിയായതാണ് നേരെ പറ ഇനി ആരെങ്കിലും ആത്മഹത്യയെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പറയണം അതെ കാര്യങ്ങളൊക്കെ മാറി മറിയെന്ന് പറയാ ഇത് അനുഭവമാണ് അപ്പൊ ഇതുവരെ കേൾക്കാത്തതാണ് അവരത് അവര് വലിയ അത്ഭുതപ്പെട്ടു വരിക അത് പിന്നെ അവർക്ക് ഇത് ഓർക്കുമ്പം ഒരു തമാശ അപ്പൊ ഇതെന്താണ് ജ്ഞാനയജ്ഞമാണ് എന്ന് പറയാ അല്ലാതെ ജടാതി സമ്പായു അല്ല സമ്പാദി ജഡായു സംവാദമൊന്നും എവിടെ വിലപ്പോവും അവിടെ അത് പ്രയോഗിക്കാം എവിടെ ആവശ്യം എന്താണോ അതിനനുസരിച്ച് നമ്മൾ കൊടുക്കണം അതറിവാണ് ആ അറിവിനെ പകർന്നുകൊണ്ട് ചിലർക്ക് ചെയ്യാൻ പറ്റുക അതായിരിക്കും ഒരു തമാശ അതുകൊണ്ടല്ലേ ഭഗവാൻ ചിലർക്ക് ഈ ഗീതാജ്ഞാന യജ്ഞത്തിൽ തമാശ പറയുന്നത് ഇഷ്ടമല്ല സ്വാമി കുറച്ചുകൂടെ ഗൗരവക്കാരനാവണമെന്നാണ് പറയുന്നത് വെരി സോറി നിങ്ങൾക്കറിയോന്നറിയില്ല ഭഗവാൻ ഗീത ഉപദേശിക്കാൻ തുടങ്ങുന്നത് നിങ്ങൾക്ക് ആ വരി ഓർമ്മ ഉണ്ടോ എന്ന് അറിയില്ല പ്രഹസൻ ഇവ ഭാരത ചെറു ചിരിയോടുകൂടിയിട്ടാണ് ഈ ശാസ്ത്രം ഭഗവാൻ അനാവരണം ചെയ്യുന്നത് അതിന്റെ മർമ്മം അതാണ് റഷ്യൻ ശാസ്ത്രകാരനുണ്ട് എന്താ ദസ്തേവിസ്കി അദ്ദേഹം പറയും ഒരാളുടെ ആഭിമുഖ്യം വലിയ ഗഹനങ്ങളായ ആശയങ്ങളോടോ അല്ലെങ്കിൽ വലിയ വലിയ സത്കർമ്മങ്ങളിലൊക്കെ അദ്ദേഹം അതീവ ശ്രദ്ധാലുവാണ് അല്ലെങ്കിൽ അതീവ കപ്പരനാണ് എന്നതൊന്നും വിഷയമല്ല എന്നാൽ പൊട്ടിച്ചിരിക്കാൻ ഒരുവന് സാധിക്കുന്നുവെങ്കിൽ ഏറ്റവും വലുത് തന്നെ അവിടെ നിങ്ങൾക്ക് ചിരിക്കാൻ സാധിക്കുന്നുവെങ്കിൽ വലിയൊരു കാര്യമാണ് വലിയ കാര്യമെന്ന് പറയാ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല ഒരു അതായത് അമേരിക്കൻ പത്രപ്രവർത്തകനാണ് അതുപോലെ അദ്ദേഹം വളരെ പ്രസിദ്ധനായ എഴുത്തുകാരനുമാണ് നോർമൻ നോർമൻ കസിൻ നോർമൻ കസിൻസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ പേരിൽ എന്താ നോർമൻ പ്രസ് അച്ചുകൂടം ഒക്കെ കോഴിക്കോട് ഉണ്ടായിരുന്നു ഒരു സമയത്ത് അപ്പം നോർമൻ കസിൻ അദ്ദേഹം ഒരിക്കൽ ക്യാൻസർ ആരം ആരംഭിച്ച സമയത്ത് അദ്ദേഹത്തിന് ക്യാൻസർ അല്ല സമൂഹത്തിൽ ക്യാൻസർ ആരംഭിച്ച സമയത്ത് അമേരിക്കയിൽ ക്യാൻസർ രോഗികളെ താമസിപ്പിച്ച് ചികിത്സിക്കുന്ന ആശുപത്രിയിൽ ഇദ്ദേഹത്തെ ഇദ്ദേഹത്തെ ക്ഷണിച്ചു അവിടുത്തെ ഡോക്ടർമാർ വളരെ കേമനാണ് ഇദ്ദേഹം മനഃശാസ്ത്രവും മറ്റു കാര്യങ്ങളൊക്കെ അറിയുന്ന ഒരാളാണ് അപ്പം ഇദ്ദേഹം അവിടെ ചെന്ന് ഈ രോഗികളെ കണ്ട സമയത്ത് അദ്ദേഹം ജീവിതത്തിൽ ഇങ്ങനെ ആളുകളെ ഇങ്ങനത്തെ ആളുകളെ ഇതുവരെ കണ്ടിട്ടില്ല അങ്ങേറ്റം അസ്വസ്ഥര് ഒരു പ്രതീക്ഷയും ഇല്ലാതെ മുഖമൊക്കെ കരിവാളിച്ച് മനുഷ്യരാണെന്ന് സംശയം തോന്നുന്ന വിധത്തിൽ ഇത് ഇന്നല്ല അന്നത്തെ കാര്യമാണ് ഇത് ആരംഭിച്ച സമയത്താണ് കാരണം ഈ ഒരു രോഗത്തിനടിപ്പെട്ടവന് ഒരു വിധത്തിലും ചികിത്സയില്ല ഇതിൽ നിന്ന് ഒരു പ്രകാരത്തിലും രക്ഷപ്പെടാൻ സാധ്യമല്ല മരണത്തെ എണ്ണിക്കഴിയുന്ന ആളുകൾ അവരെയാണ് ഇദ്ദേഹം നേരിട്ടത് എന്ന് പറയാം അദ്ദേഹം പറഞ്ഞു അവരോട് എനിക്ക് നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാനുണ്ട് അവിടെ ഡോക്ടർമാരെയും കൂടെ ഇരുത്തിയിട്ട് പറഞ്ഞു രണ്ട് കാര്യങ്ങളാണ് ഇതിൽ വേണ്ടത് രണ്ടേ രണ്ട് കാര്യങ്ങൾ ഒന്ന് ലഭിക്കാവുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഉത്കൃഷ്ടമായ ചികിത്സാ വിധികൾ നിങ്ങൾക്ക് ലഭിക്കണം ഏറ്റവും സൗകര്യമാർന്ന് എന്തൊക്കെ ഈ വിഷയത്തിൽ കണ്ടെത്തിയിട്ടുണ്ടോ ആ ചികിത്സകളൊക്കെ നിങ്ങൾക്ക് കിട്ടണം ഒന്ന് രണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ നിങ്ങൾ ചിരിക്കണം അപ്പൊ എങ്ങനെയാ അപ്പൊ ചിരിക്കുക വെറുതെ ചിരിക്കാൻ പറഞ്ഞ ചിരിക്കാൻ പറ്റുമോ അപ്പൊ അന്നത്തെ അദ്ദേഹം ചാപ്പിളിൻ്റെ സിനിമകളും സിനിമകളിലെ ചിരിക്കാൻ പറ്റുന്ന കുറെ രംഗങ്ങളും അതുപോലെ കഥകളും ഈ തമാശകളുമൊക്കെ അവരോട് പറഞ്ഞു ഞാൻ കുറെ നിങ്ങൾക്ക് തരാം നിങ്ങളും കളക്ട് ചെയ്യാം അവിടുന്ന് എന്നിട്ട് അത് ആസ്വദിക്കാം നിങ്ങൾ ഒരുമിച്ച് അങ്ങനെ അവരോട് പറഞ്ഞു ഞാനൊരു ആറുമാസം കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു അങ്ങനെ അവരത് കുറേശ്ശെ കുറേശ്ശൊക്കെ തുടങ്ങി ആസ്വദിക്കാനും ചർച്ച ചെയ്യാനുമൊക്കെ ഏതായാലും ആറുമാസം കഴിഞ്ഞ് ഇദ്ദേഹം വരുമ്പം ഇവരിൽ നല്ല മാറ്റം കണ്ടു എന്നാണ് നല്ല മാറ്റം ഉണ്ടായി അവരൊക്കെ സംസാരിക്കാൻ തുടങ്ങി അതുവരെ സംസാരിക്കില്ലായിരുന്നു സംസാരിക്കാൻ തുടങ്ങി മറ്റുള്ളവരുമായിട്ട് എഴുത്തുകുത്തുകൾ നടത്താൻ തുടങ്ങി ടെലിഫോൺ സംഭാഷണം തുടങ്ങി അങ്ങനെയൊക്കെ ഈ നോർമൻ പറഞ്ഞു ഞാൻ വരുമ്പം ഒരു രസകരമായിട്ടുള്ളൊരു സംഭവം ഉണ്ടായി ഞാൻ നിങ്ങളോട് പറയാം രസകരമായിട്ട് വളരെ രസകരമായ ഒരു സംഭവം എന്ന് പറഞ്ഞപ്പം അവരൊക്കെ കസേരയൊക്കെ വേഗം മുൻപിലേക്കിട്ട് മുൻപിലേക്കിട്ട് അദ്ദേഹത്തിനെ കേൾക്കാൻ തയ്യാറായിരുന്നു അപ്പൊ അതിൽ വളരെ വേദന അനുഭവിക്കുന്ന രോഗികളൊക്കെ ഉണ്ട് അപ്പൊ ഇവർ പല ഗവേഷണങ്ങളും നടത്തുന്നുണ്ട് ഡോക്ടർമാര് അപ്പൊ ഇദ്ദേഹം പറഞ്ഞു ഞാൻ ഇങ്ങോട്ട് വരുമ്പം ഒരു ടെലിഫോൺ ബൂത്തിൽ ഫോൺ ചെയ്യാൻ പോവുക അപ്പൊ ടെലിഫോൺ ബൂത്തില് ഫോൺ ചെയ്യുന്ന സമയത്ത് ഞാനൊരു ഡോളർ കോയിൻ അതിനകത്തിട്ടിട്ട് എനിക്ക് എന്റെ സുഹൃത്തിനെ ഫോൺ ചെയ്യണമായിരുന്നു ഞാൻ ഇങ്ങോട്ട് വരികയാണ് ഞാൻ വൈകിട്ട് വരുള്ളൂ എന്ന് വിവരം പറയാൻ വേണ്ടി അപ്പൊ ആ ഡോളർ അതിന്റെ ഉള്ളിൽ കുടുങ്ങി അതിങ്ങോട്ടുമില്ല അകത്തേക്കും ഇല്ല അപ്പൊ അവിടെ ആ കൗണ്ടറുള്ള ഒരു സ്ത്രീയുണ്ട് ഇതിന്റെ ഇതൊക്കെ നടത്തിപ്പിന്റെ ആര് അവരോട് ഞാൻ പറഞ്ഞു ോക്കൂ എനിക്ക് എൻ്റെ കാശ് ഇങ്ങനെ കുടുങ്ങിയിരിക്കുകയാണ് അതെനിക്ക് വേണം അതുകൊണ്ടത് ഒരു തരൂ എനിക്കൊരു ഡോളർ തരും ഞാൻ പോട്ടെ ആ പറഞ്ഞേ അതൊന്നും അങ്ങനെ തരാനൊന്നും പറ്റില്ല നിങ്ങളൊരു കാര്യം ചെയ്യും നിങ്ങളുടെ അഡ്രസ്സ് ഇവിടെ തരൂ അത് കിട്ടിയതിന് ശേഷം നിങ്ങളുടെ അഡ്രസ്സിൽ അയച്ചു തരാം അപ്പം പറഞ്ഞു അദ്ദേഹം അതെങ്ങനെയാണ് അത് അതൊക്കെ വെറുതെ ഒരു അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളല്ലേ നിങ്ങളതെടുക്കുക എൻ്റെ അഡ്രസ്സ് എഴുതുക അത് പിന്നെ പോസ്റ്റ് ചെയ്യുക പിന്നെ ഒരുപാട് കൈകൾ മറിഞ്ഞ് എൻ്റെ കയ്യിലൊക്കെ എത്തുന്നത് അതിലും നല്ലതല്ലേ നിങ്ങൾക്കത് തരുന്നത് എന്ന് ഇദ്ദേഹം നിർബന്ധം പിടിച്ചു അപ്പോൾ ആ സമയത്ത് അവരത് തരാൻ കൂട്ടാക്കുന്നില്ല അവർ പറഞ്ഞു അത് പറ്റില്ല അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ വീണ്ടും ഞാൻ പറഞ്ഞു നോക്കും ഇത് എന്തെങ്കിലുമൊന്ന് വേണമല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യുമോ അതിനാ സാധനത്തിന് രണ്ട് തട്ട് തട്ടി കഴിഞ്ഞാൽ ചിലപ്പോൾ അതിങ്ങോട്ട് കിട്ടുമെന്ന് പറയുന്നു അപ്പോൾ ഇദ്ദേഹം അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് രണ്ടടി കൊടുത്തപ്പം അതിനുള്ളൊന്ന് കുറേ കോയിൻസ് എല്ലാം കൂടെ ഇയാളുടെ കയ്യിലേക്ക് വരും അപ്പോൾ ഇവർ ചിരിക്കാൻ തുടങ്ങി ഈ പേഷ്യൻ്റ് ആമൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ആ സ്ത്രീ ചോദിച്ചു എന്താ അവിടെ ഒരു ശബ്ദം എന്താ എന്താണെന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതേ എൻ്റെ കയ്യിൽ ഇത്രയും കോയിൻസൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞു അവർ പറഞ്ഞു നോക്കൂ അതെല്ലാം അതിൻ്റെ ഉള്ളിലിട്ടാൽ അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങളുടെ അഡ്രസ്സൊക്കെ ഇങ്ങോട്ട് എഴുതി താൻ ഞാൻ അയച്ചു തരാം അപ്പം അവർ വളരെ ഇതായിട്ട് ചിരിക്കാമെന്ന് പറഞ്ഞു അപ്പം അവിടെ അവിടുത്തെ ഒരു ഒരു പേഷ്യൻ്റ് അദ്ദേഹം വേദന കൊണ്ട് പൊളയുന്നുണ്ടായിരുന്നു അപ്പം അതേ വേദന നിർത്താൻ വേണ്ടിയിട്ടുള്ള ഈ കൃത്രിമമായിട്ട് നാം കൊടുക്കുമല്ലോ അനസ്തേഷ്യ അതുപോലത്തെ അപ്പൊ അതിൻ്റെ കഴിവ് ഈ എന്താ ചിരിയിൽ നിന്ന് അത് ആർട്ടിഫിഷ്യലായിട്ട് നമ്മുടെ ശരീരം തന്നെ അതിനെ ഉത്പാദിപ്പിക്കുന്നു അത്തരത്തിലുള്ള ഗ്രന്ഥികൾ നമുക്കുണ്ട് അപ്പോൾ നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ മോഹാലസ്യപ്പെടുന്ന എന്താ അത്തരത്തിലുള്ള ഗ്രന്ഥികൾ പ്രവർത്തിക്കുന്നതാണ് നമ്മൾ വേദന അറിയാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനവും നമ്മുടെ ശരീരത്തിനകത്തുണ്ട് എല്ലാ സംവിധാനവും രക്തം തന്നെ പുറത്തു വന്നു കഴിഞ്ഞാൽ ഉടനെ ക്ലോട്ട് ചെയ്യുന്ന സംവിധാനം അതിനാൽ ഇത് ഇത് തന്നെ വലിയൊരു ഹോസ്പിറ്റലാണ് വലിയൊരു വിഭാഗം നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിനകത്ത് തന്നെ ഡോക്ടർമാരൊക്കെ ഉണ്ട് ഇന്നത് ചെയ്യുന്നവർ അത് ചെയ്യുന്നവർ ഇത് ചെയ്യുന്നവർ ഒക്കെ അപ്പൊ അതിനെയൊക്കെ നാം എന്ത് ചെയ്യണം ഈ ചിരി അവർ പറയുന്നത് അതാണ് ചിരി ഇതിനെയൊക്കെ ഉണർത്തുന്നതാണ് അത്ര അതുകൊണ്ടായിരിക്കാം ഭഗവാൻ പ്രഹസൻ ഇവ ഭാരത ആ ചിരിയിൽ തന്നെ അവൻ്റെ എല്ലാവിധ എന്താ പ്രശ്നങ്ങളെയും ഭഗവാൻ പരിഹരിക്കുന്നുണ്ട് അതുകൊണ്ട് ആർക്കെങ്കിലും അങ്ങനെ വല്ല എന്താ പറയുക സ്വാമി ശാസ്ത്രവിരുദ്ധമാണ് പറയുന്നത് എന്നൊന്നും ധരിക്കേണ്ട ചിലപ്പോൾ ചിലർക്ക് അങ്ങനെ തോന്നാം ഇതിങ്ങനെ വെറുതെ കുറെ തമാശ പറയണോ അങ്ങനെയല്ല ശാസ്ത്രത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് അതുകൊണ്ട് നിങ്ങൾ ചിരിച്ചതുകൊണ്ട് നിങ്ങളുടെ വേദാന്തം മനസ്സിലാവാതെ കൊണ്ടൊന്നുമില്ല അതുകൊണ്ട് ഇത് വളരെ ഗൗരവത്തിൽ അഹം ബ്രഹ്മാസ്മി അഹം ബ്രഹ്മാസ്മി അഹം ബ്രഹ്മാസ്മി അങ്ങനെ മസിലൊക്കെ പിടിച്ച് അതിലൊന്നും ആവശ്യമില്ല എല്ലാ മസിലുകളും അയച്ചിട്ടിട്ട് ചിരിച്ചോളൂ ശ്ലോകങ്ങളൊക്കെ വേഗത്തിൽ മനസ്സിലാവും ഭഗവാൻ പറയുന്നു ജ്ഞാനയജ്ഞേന ച അഭി അന്യേ യജന്താമാം ഉപാസതേ എന്ന് പറയുമ്പം അന്യേ ച ജ്ഞാനയജ്ഞേന ജ്ഞാനമാകുന്ന അറിവാകുന്ന യജ്ഞം കൊണ്ട് അപ്പൊ അറിവ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് അപ്പൊ നമുക്ക് എന്താ വേണ്ടത് നമ്മൾ മറ്റൊരാളെ സഹായിക്കാൻ വേണ്ടി എന്റെ ആത്മാർത്ഥ സുഹൃത്താണ് അവൻ ആ സുഹൃത്തിനെ ഇപ്പം വന്നുപെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് അവനെ എനിക്ക് എങ്ങനെയെങ്കിലും എന്ത് വേണം രക്ഷപ്പെടുത്തണം എന്ന് പറയാ അപ്പോ ആ സമയത്ത് സ്വാഭാവികമായിട്ടും നമുക്ക് എന്തുണ്ടാവും അവനെ രക്ഷപ്പെടുത്തണം എന്നുള്ളൊരു ചിന്ത ഉണ്ടാവുമ്പോൾ ഇത്തരത്തിലുള്ള ആശയങ്ങൾ നമ്മുടെ ഉള്ളിൽ വരും അത് അനുഗ്രഹിക്കും അതുകൊണ്ട് സംസ്കൃത ശ്ലോകം തന്നെ ആയിരിക്കണം എന്നില്ല ജ്ഞാന യജ്ഞേന എന്ന് പറഞ്ഞാൽ അറിവിനെ പ്രദാനം ചെയ്തുകൊണ്ട് അറിവ് കൈമാറ്റം ചെയ്തുകൊണ്ട് അത് പല വിധത്തിലുണ്ടായി ചില സമയത്ത് ഈ അറിവ് കൊടുക്കുന്ന സമയത്ത് അത് തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ വരും ഒരു എന്താ പറയുക ഒരു ഫിലോസഫർ അദ്ദേഹം അദ്ദേഹം ഇങ്ങനെ ക്ലാസ് കൊടുത്തോണ്ടിരിക്കുക അദ്ദേഹം പറഞ്ഞു നോക്കൂ അന്വേഷണത്തിലാണ് രസം ഇരിക്കണത് പറയാ അദ്ദേഹത്തിന്റെ വിഷയം അതായിരുന്നു അന്വേഷണത്തിലാണ് രസം ഇരിക്കുന്നത് അല്ലാതെ അത് നേടിക്കഴിഞ്ഞാൽ അതിലൊരു രസവും ഇല്ല ഇദ്ദേഹം ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഒരാൾക്ക് ദേഷ്യം വന്നു അതേ പറഞ്ഞു നിങ്ങൾ എന്തായി പറയണത് പറഞ്ഞു അന്വേഷണത്തിലാണ് രസം ഇരിക്കുന്നത് അത് നേടിക്ക നേടുന്നതോടുകൂടി അത് കഴിഞ്ഞു ഓ അങ്ങനെയല്ലേ അതെ നല്ല മഴക്കാലത്ത് രാത്രിയിൽ കെ എസ് ആർ ടി സി ബസ്സിന്റെ പിറകെ ഓടുമ്പം നല്ല രസമായിരിക്കും കിട്ടാഞ്ഞാൽ അല്ലേ മനസ്സിലായില്ല അന്വേഷണത്തിലാണ് കിട്ടുന്നതിലല്ലയെന്ന് ബസ്സിന്റെ പിറകെ രാത്രി മഴയത്ത് ഓടുന്ന സമയത്ത് അങ്ങ് പറഞ്ഞത് ഫലവത്തല്ല എന്ന് പറയാം അപ്പൊ അതിനെ നമ്മൾ സ്വീകരിക്കുന്ന ഒരു മാർഗമുണ്ട് ദേഹത്തിനെ സംബന്ധിച്ച് ഇതാണ് അനുഭവം ഏത് മഴയത്ത് ഓടുന്ന ഒരാൾക്ക് ഓടുന്നതാണോ രസം അതോ ബസ് കിട്ടുന്നതാണോ രസം അപ്പൊ കൈമാറ്റത്തിൽ പല അബദ്ധങ്ങളും സംഭവം അബദ്ധങ്ങൾ എന്ന് പറഞ്ഞാൽ സ്വീകർത്താവിന്റെ സംസ്കാരത്തിനനുസരിച്ചിരിക്കും അതുകൊണ്ട് ജ്ഞാനയജ്ഞം എന്നത് പ്രധാനപ്പെട്ട ഒന്നതാണ് പറയണു യജന്ത വിശ്വതോ മുഖം യജന്ത യജിക്കുന്നവരായി യജ എന്ന് പറഞ്ഞാൽ ആരാധിക്കുന്നവർ എന്ന് തന്നെയാണ് ആരാധന ചെയ്യുന്നവരായിട്ട് വിശ്വതോ മുഖം വിശ്വതോ എന്ന് പറഞ്ഞാൽ വിതാതാവിന്റെ ബ്രഹ്മാവിന്റെ മുഖം സർവാത്മകനായ ആ സർവാത്മകതയെ അതാണ് വിശ്വത മുഖം സർവ ആ പൂ പൂർണ്ണതയെ സ്വീകരിക്കൽ അതാ ബ്രഹ്മാവിന്റെ മുഖം എന്ന് പറഞ്ഞു ഈ പ്രപഞ്ചത്തെ പൂർണ്ണമായി നോക്കിക്കാണാനുള്ളൊരു കഴിവ് ഏതെങ്കിലും ഒരു രൂപത്തിലുള്ള ശ്രദ്ധയല്ല മാം ഏകത്വേന എന്നെ എന്നെ എന്ന് പറഞ്ഞാൽ പരമാത്മാവിനെ ഏകത്വേന ഏകഭാവത്തോട് കൂടിയിട്ട് പൃഥക്ത്വേന എന്നാൽ ഭിന്നഭാവത്തോടുകൂടിയിട്ട് ബഹുധ പല പ്രകാരത്തിൽ ഉപാസതയെ ഉപാസിക്കുന്നു ഇവിടെ ഇതൊക്കെ പണ്ടേക്ക് പണ്ടേ പറയപ്പെട്ടിട്ടുള്ളതാ അല്ലാതെ ഏകദൈവ വിശ്വാസം ബഹുദൈവ വിശ്വാസം ഇതൊന്നും പറയുന്നവർക്ക് തന്നെ ചിലപ്പം വേണ്ടത്ര ജ്ഞാനമൊന്നുമില്ല വെറുതെ ഇങ്ങനെ തട്ടിപ്പിടുകയാണ് ഇപ്പൊ ഈ പന്ത്രണ്ടാം അധ്യായത്തിൽ ഇതൊക്കെ വിഷയമാണ് വലിയ വലിയ സ്ഥാനത്ത് ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ പോലും ചിലപ്പോൾ പറയുന്നത് കേട്ടു കഴിഞ്ഞാൽ നമുക്ക് അത്ഭുതം തോന്നും പരമോന്നത പദവിയൊക്കെ അലങ്കരിച്ചിട്ടുള്ളവർ പലപ്പോഴും പല അബദ്ധങ്ങളും പറഞ്ഞിട്ടുണ്ട് ഈ വിഷയത്തില് സ്വാമി അതൊന്നും ഇപ്പൊ എടുത്ത് അതുകൊണ്ട് പലരും ഇപ്പം നമ്മുടെ കൂടെ പിന്നെ പറയാനും പാടില്ലല്ലോ കൂടില്ലാത്തവരെ കുറിച്ച് പരാമർശിക്കാൻ അതുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയതിൽ ഏകത്വേന ബഹു പൃഥക്വേന ബഹുത ചിലരാങ്ങനെ ഒന്നായിട്ട് കണ്ട് ഉപാസിക്കുന്നു ചിലരോ ഭിന്നമായിട്ടും ചിലർ പല പ്രകാരത്തിൽ അവരൊക്കെ ഉപാസതേ എന്ന് പറയാം ആരാണ് ഞാൻ ഭഗവാൻ വീണ്ടും അവതരിപ്പിക്കുന്നു ഭഗവാന്റെ ഭാവത്തെ അഹം കൗഷധം മന്ത്രോഹമേവാജ്യം അഹം കഹം യഥാ അഹം ഔഷധം അഹം മന്ത്ര അഹം അഹമേവ ആജ്യം അഹം അഗ്നി അഹം ഹുതം ക്രതുഹു അഹം അഹം ക്രതുഹു ഞാനാണ് ക്രതു ക്രതു എന്ന് പറഞ്ഞാൽ ദേവയജ്ഞം ദേവസംബന്ധമായ യജ്ഞം ക്രതു ക്രിയതേ ഇത് ക്രതു ചെയ്യുന്നത് യാഗം എന്ന് പറയുക ദേവപ്രീതിക്കായി ചെയ്യുന്ന യാഗം അഹം ഞാനാണ് അഹം യജ്ഞ ഞാൻ യജ്ഞമാണ് നേരത്തെ പറഞ്ഞ യജ്ഞമാണോ അത് ജ്ഞാനയജ്ഞം ഇതോ ഈ ഇവിടെ യജ്ഞം എന്ന് പറഞ്ഞാൽ ഋഷി യജ്ഞം ഋഷി പ്രീതിക്കായി ചെയ്യുന്ന യജ്ഞം യജ്ഞത്തെ ഭഗവാൻ പല വിധത്തിൽ നാലാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട് പല പല യജ്ഞങ്ങൾ അഹം യജ്ഞ സ്വധ അഹം സ്വധ എന്ന് പറയുന്ന യജ്ഞവും അഹമാണ് സ്വധ എന്നുള്ളത് എന്താ പിതൃതർപ്പണാദി കർമ്മങ്ങളൊക്കെ ഞാനാണ് സ്വധന സ്വധ എന്നാ പറയാ Aham, Aushadham. ശ്രാദ്ധാദികർമ്മങ്ങൾ ഞാനാകുന്നു അഹം ഔഷധം ഞാൻ ഔഷധമാണ് ഔഷധം സേവിക്കണം എങ്ങനെ ഭഗവാനാണ് ധന്വന്തരിയാണ് എന്ന ഭാവത്തോട് കൂടിയിട്ട് അല്ലാതെ ഞാൻ വേദാന്തിയാണ് ഞാൻ ശരീരമല്ല അതുകൊണ്ട് എനിക്ക് ഔഷധമൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ചമച്ച് ചമച്ച് ചമച്ച് അങ്ങനെ ഇരിക്കരുത് എന്തെങ്കിലുമൊക്കെ മരുന്നൊക്കെ കഴിക്കുക എല്ലാം ഗീത നോക്കിക്കോളൂ ഏത് ഗീത അല്ലേ എന്നിട്ട് വൈദ്യരെടുത്ത് പോവില്ല എന്ന് പറയും അപ്പൊ പറ്റുമെങ്കിൽ എന്ത് വേണം നമ്മള് ഔഷധം ഭഗവാനായിട്ട് കണ്ട് ആ ഔഷധത്തെ ഭഗവത് ബുദ്ധിയ സ്വീകരിക്കണം നമ്മളെ നോക്കുന്ന ഡോക്ടറേയും അങ്ങനെ വേണം കാണാൻ ഡോക്ടറും നോക്കുന്നത് അങ്ങനെ വേണം എന്നാ അവർ ഈ ഡോക്ടർമാർ തമ്മിൽ രണ്ട് ഡോക്ടർമാർ തമ്മിൽ പറയുക രോഗിയെ നോക്കുന്നതിനെക്കുറിച്ച് അവരൊരു ഡോക്ടർ പറഞ്ഞു ഞാൻ ഞാനിങ്ങനെ നോക്കിയാൽ പറയും അവനെന്താ രോഗം രണ്ട് മൂന്ന് പേരുണ്ട് അവരിങ്ങനെ അവർ പറയാം എനിക്ക് എല്ലാം പറയാൻ പറ്റും നോക്കി പറയാൻ പറ്റുന്നു ഒരാൾ വരുന്നത് കാണുമ്പം എനിക്കറിയാം എന്താണെന്ന് മറ്റേ ആൾ പറഞ്ഞു എനിക്ക് അങ്ങനെ പറ്റില്ല പക്ഷേ ഞാൻ പൾസ് നോക്കിയാൽ പറയും എല്ലാം ഞാൻ പറയും മറ്റേ ആൾ പറഞ്ഞു ഞാൻ പേൾസ് നോക്കി പറയാ ഡോക്ടർമാരോടൊക്കെ ക്ഷമാപണം നടത്തിയിട്ടാണ് അഹം അഹം ഔഷധം അഹം ഞാൻ പിഷഗ്വരൻ ഞാനാണ് എന്ന് പറയാ ദക്ഷിണാമൂർത്തി ഞാനാണ് അപ്പൊ നാം സമീപിക്കുന്ന വൈദ്യര് വൈദ്യരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയുർവേദത്തിലെ ഇത് മാത്രമല്ല ഹോമിയോപ്പതി ആണെങ്കിലും അലോപ്പതി ആണെങ്കിലും ആരെയാണോ നമ്മൾ സമീപിക്കുന്നത് അദ്ദേഹം ദക്ഷിണാമു എന്താ പറയുക ധനവന്തരിയാണ് എന്ന് പറയാം ധനവന്ധരി മൂർത്തിയായിട്ട് വേണം നമ്മൾ അദ്ദേഹത്തെ കാണാൻ ആ ശ്രദ്ധയോട് കൂടിയിട്ട് വേണം അത് അലോപ്പതിയാണ് ഏത് മരുന്നാണെങ്കിലും അത് സേവിക്കുന്നതിന് മുൻപ് ഇത് ഭഗവാനാണ് എന്ന ഭാവത്തോടുകൂടി സേവിക്കണം ഞാൻ പിഷഗ്വരൻ ഞാനാണ് എന്ന് പറയാം ദക്ഷിണാമൂർത്തി ഞാനാണ് അപ്പൊ നാം സമീപിക്കുന്ന വൈദ്യര് വൈദ്യരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയുർവേദത്തിലെ ഇത് മാത്രമല്ല ഹോമിയോപ്പതി ആണെങ്കിലും അലോപ്പതി ആണെങ്കിലും ആരാണോ നമ്മൾ സമീപിക്കുന്നത് അദ്ദേഹം ദക്ഷിണാ എന്താ പറയുക ധനവന്തരിയാണ് എന്ന് പറയാം ധനവന്തരി മൂർത്തിയായിട്ട് വേണം നമ്മൾ അദ്ദേഹത്തെ കാണാൻ ആ ശ്രദ്ധയോട് കൂടിയിട്ട് വേണം അത് അലോപ്പതിയാണ് ഏത് മരുന്നാണെങ്കിലും അത് സേവിക്കുന്നതിന് മുൻപ് ഇത് ഭഗവാനാണ് എന്ന ഭാവത്തോടുകൂടി സേവിക്കണം അങ്ങനെ സേവിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെടും ചിലപ്പോ ഒരു ഉറക്കു കുളിക്കാ മതിയെ അതിൽ രക്ഷപ്പെടുന്ന ചില സമയത്ത് രക്ഷപ്പെടുന്ന എന്തുകൊണ്ട ഡോക്ടർമാർക്ക് തന്നെ അത്ഭുതം തോന്നില്ലേ ചിലർക്ക് അധികം മരുന്നൊന്നും കൊടുക്കണ്ട വെറുതെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുത്താൽ മതി ജീരകമൊട്ടായി കൊടുത്താൽ മതി ചിലതിന് എന്ത് കൊടുത്തിട്ടും കാര്യമില്ല അത് ഇതാണ് സംശയത്തോടുകൂടി അത് വിഴുങ്ങുന്നത് നേരെയാ നോക്കാം ആ ഫലിക്കില്ല അത് അതിനെ സ്വീകരിക്കില്ല ഒരു സ്വീകർത്താവില്ല അവിടെ സ്വീകർത്താവില്ലാതെ നിങ്ങളൊരു വീട്ടിലേക്ക് കയറി വരുമ്പോ ഒരാളും ഇല്ല സ്വീകരിക്കാം ഒരു സ്വീകർത്താവായിരിക്കുന്ന ഒരു മനസ്സുണ്ട് അതിനെ സന്തോഷമായിട്ട് എതിരേൽക്കുന്ന ഒരു മനസ്സ് വരൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇത് സംശയമാണ് അങ്ങനെ നമുക്ക് അവിടേക്ക് കയറണോ കയറേണ്ടേന്ന് തോന്നും അല്ലേ അവിടെ നിൽക്കുന്നത് ഒരു നായ മാത്രമാണ് ഇങ്ങനെ നമ്മളെ നോക്കിയിട്ട് അപ്പൊ നമുക്ക് ആ വീട്ടിലേക്ക് കയറാൻ തോന്നുന്നു സംശയം അഹം ഔഷധം ഔഷധമാണ് അഹം മന്ത്രം ഞാൻ മന്ത്രമാണ് മന്ത്രം ഞാനാണ് മന്ത്രം അഹം ഞാൻ മന്ത്രം ഞാനാകുന്നു അഹം ആദ്യം ആദ്യം അഹം ആദ്യം എന്ന് പറഞ്ഞാൽ നെയ് നെയ് ഞാനാകുന്നു ഏത് നെയ്യാണ് വീട്ടിലെ നെയ്യപ്പുണ്ടാക്കുന്ന നെയ്യും അതെ പിന്നെ ഹോമാദികൾക്ക് ഉപയോഗിക്കുന്ന ഹവിസായി ഏതൊന്നാണോ അഗ്നി കുണ്ടത്തിലേക്ക് അർപ്പിക്കുന്നത് അത് ഞാനാണ് ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവി ബ്രഹ്മാഗ്നോ ബ്രഹ്മണാഹുതം ഭഗവാൻ അതുകൊണ്ട് ആദ്യം അഹം നെയ് ഞാനാകുന്നു അഗ്നി അഹം അഗ്നിയും ഞാൻ തന്നെ അതുകൊണ്ട് അഗ്നിമീളേ പുരോഹിതം അല്ലയോ അഗ്നേ അങ്ങാണ് പുരോഹിതൻ ഈ അഗ്നിയോടൊക്കെ നമുക്ക് ആ ഭഗവത് സമീപന നന്നായി തോന്നട്ടെ അങ്ങനെയാണ് ഈ നിങ്ങളല്ലേ അമ്മമാരല്ലേ ഏറ്റവും കൂടുതൽ അഗ്നിയുമായിട്ട് അടുത്തു കഴിയുന്നവരില്ലേ അതുകൊണ്ട് എപ്പോഴും ആ ഒരു ഇത് ഒന്ന് ഒന്ന് നിങ്ങൾ ഈ ഒരു ഭാവത്തോടുകൂടിയൊക്കെ ഗ്യാസ് ലൈറ്റൊക്കെ ഒന്ന് ഒന്ന് ഒന്ന് ഒന്ന് ഓൺ ചെയ്ത് നോക്കൂ ഭഗവാൻ ഇത് അതെളിഞ്ഞു പിന്നെ ആ അന്നം എന്തൊക്കെയാണോ നമുക്ക് പാകം ചെയ്യേണ്ടത് അതിനെ ചൂടുപിടിപ്പിക്കുന്നതും ഈ രൂപത്തിലാക്കി നമ്മുടെ വയറ്റിനകത്തേക്ക് പോകാൻ പാകത്തിനാക്കി തരുന്നവൻ അഗ്നിയാണ് നമുക്ക് അതിനോട് ആ ഒരു ഭഗ ഭഗവാനോടുള്ള സമീപനം വേണം എന്ന് പറ അഗ്നിയെ സമീപിക്കുമ്പം ഭഗവാനോടുള്ള സമീപനം അഹം ഹുതം ഞാനാണ് ഹോമം ഹുതം എന്ന് പറഞ്ഞാൽ ഹോമം ഹോമം ചെയ്യുന്നത് ഞാനാണ് അഹമേവ എല്ലാം ഞാൻ തന്നെ അഹമേവ അഹം ഞാൻ ഞാൻ തന്നെ മാത്രമല്ല ഈ പറഞ്ഞ എല്ലാ വൈവിധ്യങ്ങളും എന്താണ് ക്രതു ഋഷിയജ്ഞം ദേവയജ്ഞം പിതൃയജ്ഞം എല്ലാ യജ്ഞങ്ങളും ആ യജ്ഞത്തിൽ ചെയ്യുന്നതും അതുപോലെ മരുന്നും ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം നെയ്യും അഗ്നിയും അതിലെ ഹോതാവും ഹോമവും എല്ലാം ഞാനാകുന്നു എന്ന് പറയാം ഞാനാരാണ് ഞാൻ എന്നും ഉള്ളവനാ ഇതൊക്കെയായിട്ട് ഞാനങ്ങനെ നിലനിൽക്കുന്നു അപ്പോൾ ഞാൻ എന്നുമുണ്ട് ഒരു കമ്പനിയിൽ ഒരാളോട് ചോദിച്ചു അയാളുടെ റിട്ട റിട്ടയർമെൻറ്റ് ആയി തുടങ്ങി അപ്പം നാൽപ്പത്തഞ്ച് വയസ്സിൽ അമ്പത് വയസ്സിലൊക്കെയാണ് റിട്ടയറാവുക അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചു നിങ്ങൾക്ക് എത്ര വയസ്സായിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു നാൽപ്പത്തഞ്ച് വയസ്സായി എത്ര വർഷത്തെ സർവീസ് ഉണ്ട് അമ്പത് വർഷത്തെ അതെങ്ങനെയാണ് നാൽപ്പത്തഞ്ച് വയസ്സായ ആ ആൾക്ക് അമ്പത് വർഷത്തെ സർവീസ് ഉണ്ടാവും അപ്പം നിങ്ങൾ എത്ര വയസ്സിലാ കമ്പനിയിൽ ജോയിൻ ചെയ്തത് അത് പതിനെട്ട് അപ്പോൾ പതിനെട്ട് വയസ്സിൽ ജോയിൻ ചെയ്ത നിങ്ങൾക്കിങ്ങനെ എത്ര വർഷം ഉണ്ടാവും സാറേ അന്ന് മുതലിവിടെ ഓവർ ടൈമും ഉണ്ടായിരുന്നു അന്ന് മുതൽ ഞാൻ ഓവർ ടൈമും ഈ കമ്പനിയിലുണ്ടായിരുന്നു എന്ന് പറയും എന്നതുപോലെ ഭഗവാൻ എന്താ എല്ലാറ്റിലും അധികരിച്ച് നിൽക്കുന്ന നമുക്ക് തോന്നും ഇതെന്താ ഇത് ഇങ്ങനെയാണ് ഒരു നാൽപ്പത്തഞ്ച് വയസ്സായ ആൾക്ക് അമ്പത് വർഷത്തെ സർവീസ് എങ്ങനെയാണ് കിട്ടുക എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു അത്ഭുതം ഉണ്ടാവില്ലേ അതുപോലെയാണ് ഭഗവാൻ എന്തായി നിൽക്കുന്നത് എല്ലാ അധികരിച്ച് എല്ലാ അതായത് ഈ ഒന്നിനെ ആശ്രയിച്ച് എല്ലാറ്റിനും ഉപരിയായി അത് നിലകൊള്ളുന്നു ഇന്നതിന്നതെന്ന് പറയാതെ എല്ലാറ്റിനെയും എല്ലാറ്റിനെയും കടന്നു നിന്നുകൊണ്ട് ഭഗവാൻ അതായി നിലകൊള്ളുന്നു എന്ന് നമുക്ക് ബോധിപ്പിച്ചു തരിക തുടർന്നു പിതാഹമ്യ ജഗതാധാതാതാമഹ വേദ്യം പവിത്രമോ പിതാ പിതാ അഹം അസ ജഗത മാതാ ദാദാ വേദ്യം പവിത്രം ഓങ്കാരൃത്സാമ യജുഹ അസ ജഗത പിത ഈ പ്രപഞ്ചത്തിൻ്റെ ജഗത്തിൻ്റെ പിത അഹം ഞാൻ പിതാവാകും ഞാനാണ് ഈ പ്രപഞ്ചത്തിൻ്റെ പിതാവും അതേസമയത്ത് അഹം മാതാ ഞാൻ ആരാണ് മാതാവുമാണ് ഞാൻ പ്രപഞ്ചത്തിൻ്റെ പിതാവുമാണ് ഞാൻ പ്രപഞ്ചത്തിൻ്റെ മാതാവുമാണ് ഇതെന്താ ഭഗവാനെ ഇങ്ങനത്തെ ഒരു അവസ്ഥ അതേ എന്ന് പറയാം രണ്ടും ഞാനാണ് കാരണമായും കാര്യമായും വർത്തിക്കുന്നത് കാര്യകാരണം ഞാനാണ് പിതാമഹാഹം ഞാനാണ് പിതാമഹൻ പിതാവിൻ്റെയും പിത പിതാവ് മുത്തശ്ശനും ഞാൻ തന്നെയാണ് ദാത ഞാനാണ് ഇതിൻ്റെ ദാതാവ് ഇതിനെല്ലാം വഹിച്ചിരിക്കുന്നവൻ ദദാതി ധരിക്കുന്നവൻ എന്ന് പറയാം വേദ്യം പവിത്രം ഓംകാര അഹം ഞാനാണ് വേദ്യം അറിയേണ്ടവൻ ഞാനാണ് ഈ വിശ്വത്തിൽ അറിയേണ്ടതായി എന്തെങ്കിലുമുണ്ട് എങ്കിൽ അത് ഞാനാണ് ഓംകാര പവിത്രമായിട്ടുള്ള പ്രണവം ഞാനാണ് ഋഗ് സാമ യജു അഹമേവ ഋഗ്വേദവും സാമവേദവും ഋഗ്വേദം സാമവേദം യജുർവേദം ഈ വേദങ്ങളെല്ലാം ഞാനാകുന്നു അധർവവും എല്ലാത്തിനും പെട്ടു ഋക്സാമയുരേവേദവും സാമവേദവും അഹമേവ ഞാൻ തന്നെയാണ് തുടർന്ന് ഭഗവാൻ ഭഗവാന്റെ എന്താ ഭാവങ്ങളെ പ്രകടമാക്കുന്നു ഗതിർഭർത്തഭു സാക്ഷി നിവാസ ശരണം തിർ ഗതി ഭർത്താ പ്രഭു സാക്ഷി നിവാസ ശരണം സുഹൃദ് പ്രഭവ പ്രളയ സ്ഥാനം നിധാനം ബീജം അവ്യയം ഗതി ഗതി എന്ന് പറഞ്ഞാൽ പ്രാപ്യസ്ഥാനം എവിടെയാണോ എത്തിച്ചേരേണ്ടത് പാർക്ക് ചെയ്യേണ്ട ഇടം എന്ന് പറയുക അവസാനം കൊണ്ടുപോയി നിർത്തേണ്ടത് പ്രാപ്യസ്ഥാനം പ്രാപിക്കേണ്ട ഇടം ഭർത്താവ് ഭരിക്കുന്നവൻ ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഭരിക്കുന്നവൻ ഭരിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക നീ അവിടെ പോവരുത് ഇവിടെ പോകരുത് എന്ന് പറയുന്ന നിബന്ധന ഒരുപാട് നിയമങ്ങൾ വയ്ക്കുന്ന നിയമാവലി വെക്കുന്ന ഒരുവൻ എന്നല്ല ചിലർ അങ്ങനെയാണ് എൻ്റെ ഭാര്യ ഞാൻ എന്താ വരച്ച വരയിൽ ഞാൻ നിർത്തും എന്ന് പറയാം എൻ്റെ ഭാര്യയെ ഭാര്യ അതുപോലെ തന്നെ പറയും ഞാൻ പറയാം അനകല്യെന്ന് പറയാം രണ്ടുപേരും ഇതൊക്കെ അവകാശപ്പെടും എന്ന് പറയാം അങ്ങനെയുള്ള ഒരു ഭർത്താ സങ്കൽപ്പത്തെയല്ല ഇവിടെ ഇത് പറയുന്നത് ഭരിക്കുന്നവൻ പ്രഭു ഞാനാണെല്ലാം നടത്തുന്നവൻ എന്ന് പറയാം പ്രഭു സാക്ഷി അഹം സാക്ഷി എല്ലാം അറിയുന്നവൻ ഞാനാണ് നിവാസഹ ശരണം സകലതിന്റെയും നിവാസം ഇരിപ്പിടം ഞാനാകുന്നു ശരണം ആശ്രയിക്കേണ്ടവൻ ഞാനാണ് സുഹൃത് ഞാനാണ് എല്ലാവരുടെയും ഹിതകാരി എന്ന് പറയാം സുഹൃത്ത് എന്ന് പറഞ്ഞാൽ ഹിതത്തെ കാക്ഷിക്കുന്നവെന്ന സുഹൃത്ത് ഒരിക്കലും സുഹൃത്തായിരുന്നു ഇപ്പൊ എന്റെ സുഹൃത്തല്ല അങ്ങനെയല്ല സുഹൃത്ത് എന്നും സുഹൃത്ത് തന്നെ എന്ന് പറയാം സുഹൃത്ത് എന്നും സുഹൃത്ത് തന്നെ എന്ന് പറയാം എന്തെങ്കിലും പ്രത്യേക താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ഹിതകാരി സുഹൃത്ത് പ്രഭവ സൃഷ്ടി കർത്താവും പ്രളയ സംഹാരകൻ സൃഷ്ടി കർത്താവും സംഹാരകനും അതുപോലെ സ്ഥാനം ആധാരവും നിലകൊള്ളുന്നവനും അപ്പൊ എന്നിലാണ് സൃഷ്ടി സ്ഥിതി സംഹാരം ഇവിടെയാണ് നമ്മൾ ഈശ്വരനെ ഗോഡ് എന്ന് പറയുന്നത് ജി ഒ ഡി കഴിഞ്ഞ ദിവസങ്ങളിൽ സൂചിപ്പിച്ചു അല്ലേ ജനറേറ്ററാണ് ഓർഗനൈസറാണ് അല്ലെങ്കിൽ ഓപ്പറേറ്ററാണ് അതുപോലെ ഡിസ്ട്രോയറാണ് എന്ന് പറയാ മൂന്നുമാണ് അതിൻ്റെ നിലനിർത്തി ഇല്ലാതെയാക്കുന്ന ഭാവം അഹം ഞാനാകുന്നു നിധാനം നിക്ഷേപം ഞാനാണെന്ന് പറയാ എല്ലാറ്റിൻ്റെയും നിക്ഷേപം എന്നിലാണെല്ലാം നിലകൊള്ളുന്നത് അതിനാൽ നിദാനം അതേസമയം ഞാനാരാണ് അവ്യയം വ്യയമില്ലാത്തതാണ് അവ്യയം എന്നുള്ളത് ഗീതയിൽ ഒരുപാട് കാണുന്ന ശബ്ദ അവ്യയം യോഗം ഇതൊക്കെ അവ്യയം നാശമില്ലാത്ത അവ്യയം ബീജം അഹമേവ അവ്യയമായ നിങ്ങളേത് ആറ്റം ബോമ്പും ക്ലസ്റ്റർ ബോമ്പ് കൊണ്ടും നശിപ്പിക്കാൻ പറ്റാത്ത അവ്യയം ബീജം അഹം ഞാനാകുന്നു നാശമില്ലാത്ത നാശരഹിതമായ ആ സത്യ വസ്തു അഹമേവാ തുടർന്ന് ഞാൻ എന്തൊക്കെ ഭൂമിയിൽ ചെയ്യുന്നു ഈ വിശ്വത്തിൽ ഞാൻ ഏത് പ്രകാരം എന്തൊക്കെ പ്രവൃത്തികൾ ചെയ്യുന്നു ഈ വിശ്വത്തിൽ ഒരു ഇല ഇളകുമ്പം നിങ്ങൾക്ക് ഈ അവ്യയനായ അഹംബോധത്തിലേക്ക് ഭഗവാൻ പറയുന്ന അഹത്തിലേക്ക് ഇങ്ങനെ ഇങ്ങനെ പല പ്രകാരത്തിൽ നാല് ഭാഗത്തു നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അത് വെളിപ്പെട്ട് കിട്ടും അതാണ് ഗീതയുടെ ഒരു അനുഗ്രഹം എന്ന് പറയുക അതുകൊണ്ട് ഭഗവാൻ പറയുന്നു എങ്ങനെയാണ് ഞാൻ വീണ്ടും എന്റെ അനുഗ്രഹം ഈ പ്രപഞ്ചത്തിൽ ഏത് പ്രകാരത്തിൽ വർഷിക്കുന്നു എന്ന് പറയുന്നു തപാമി അഹം അഹം വർഷം നിഗൃാമി ഉത്സൃജാമി ച അമൃതം ചൃത്യു ച സച്ച സത് സത് ച അഹം ഹേ അർജുന അർജുന അല്ലയോ അർജുന അഹം തപാമി അഹം ഞാൻ തപിപ്പിക്കുന്നു എന്തിനെ തപിപ്പിക്കുന്നു തപിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയെ വേനലുണ്ടാക്കുന്നു എന്തിനാണ് ഞാൻ വേനലുണ്ടാക്കുന്നത് ഭഗവാൻ പറയണോ അഹം വർഷം ഉത്സൃജാമി ഞാൻ വർഷത്തെ ഉണ്ടാക്കുന്നതിന് അപ്പൊ മഴയെ ഉണ്ടാക്കുന്നതിനാണ് ഭഗവാൻ എന്ത് ചെയ്യുന്നത് വേനലിന് ഉണ്ടാക്കുന്നത് അപ്പൊ വേനലുണ്ടാക്കി ഭൂമിയെ തപിപ്പിച്ച് ഈ ഭൂമിയിലെ ജല മുഴുവൻ നീരാവിയാക്കി അതിനെ ഒരു പ്രോസസ്സിന് ഒരു പ്രത്യേക ഒരു എന്താ ഒരു വിധത്തിൽ അതിനെ വിധേയമാക്കും മറ്റൊരു കാര്യത്തിനായിക്കൊണ്ട് അത് ചെയ്യുന്നത് ഞാനാണ് എന്നിട്ട് അഹം വർഷം ഉത്സൃജാമി ഞാൻ മഴയെ പെയ്ക്കുന്നു അപ്പൊ വേനൽ ഞാൻ ഉണ്ടാക്കുന്നു പിന്നീട് ഞാൻ എന്ത് ചെയ്യുന്നു മഴ മഴയായി പെയ്യുന്നു അപ്പൊ ഈശ്വരനെ അറിയേണ്ടത് എങ്ങനെയാണെന്ന ഗീത ഇതാണ് ഈ ഗീതയുടെ സൗന്ദര്യം ശരിക്കും നമ്മൾ നിങ്ങളോട് പറയട്ടെ നമ്മൾ കുറേ കിതാബുകൾ നോക്കിയിട്ടുണ്ട് ഇത്ര സുന്ദരമായി ഈ കാര്യം പറഞ്ഞിട്ട് വേറെ ഏതെങ്കിലും ഒരു കിത്താബ് ഈ ദുനിയാവിൽ നിങ്ങൾ കൊണ്ടുവന്ന സ്വാമി അപ്പത് അഴിച്ചു വയ്ക്കാൻ തയ്യാറ ശരിക്കും എന്നിട്ട് നിങ്ങൾ തരുന്ന കള്ളിമുണ്ടെടുത്ത് ഈ തെരുവിലൂടെ നടക്കാം നിങ്ങളെ വെല്ലുവിളിക്കുക സ്വാമി ഇത്ര ധന്യമായ ഇത്ര സ്പഷ്ടമായ അങ്ങേറ്റം ശാസ്ത്രീയമായ ഈശ്വരനെ അവതരിപ്പിച്ച ഒരു ഗ്രന്ഥം എവിടെയും കിട്ടില്ല ഒരാൾക്കും ഇതിലൊരു മതത്തിന്റെ എന്തെങ്കിലും ഒരു ഒരു ഇത് കാണാ കണ്ടെത്തുക എന്നുള്ളത് പ്രയാസാണ് ഇതിനെയല്ലേ നമ്മള് കൊറേ കാലമായിട്ട് ഇങ്ങനെ കാവ്യന്നും അത് ഇത് എന്നൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് കുറെ ഈ ഗീതാ വിചാരം നമുക്ക് നമ്മുടെ മനസ്സില് കുറെ കാര്യങ്ങള് എന്താ ഇങ്ങനെ കടന്നു വരുന്നു കഴിഞ്ഞ ദിവസം ഒരാളുമായിട്ട് നമ്മള് സംസാരിക്കുന്ന കൂട്ടത്തില് എന്നുള്ളൊരു ആഗ്രഹം പറയുകയായിരുന്നു ഒരു കാരണം ഇവിടെ ഇപ്പോൾ നിങ്ങൾക്കറിയാം പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലേ നമ്മുടെ ഇന്ത്യയിൽ വളരെ സിനിമയുടെ മുക്കും മൂലയും പഠിപ്പിച്ചു വിടുന്ന അതിൻ്റെ എല്ലാ സാങ്കേതിക വശങ്ങളെക്കുറിച്ചും പഠിപ്പിക്കുന്ന ഒരു കുറച്ചൊരു കഴിവുള്ള ഒരു കുട്ടിക്ക് അതിൽ അതിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഒരു വലിയ സാധ്യതകൾ കണ്ടെത്താൻ സഹായിക്കുന്ന പ്രഗത്ഭന്മാരുള്ള കേന്ദ്രമാണത് പൂനാ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യൻ സിനിമയില് ലോക സിനിമയില് ശ്രദ്ധേയമായ സിനിമകൾ കൈകാര്യം ചെയ്തിട്ടുള്ള ആളുകളൊക്കെ അവിടുത്തെ സന്തതികളാണ് അപ്പൊ സിനിമയെക്കുറിച്ച് നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ പഠിക്കാൻ പറ്റും അതുണ്ട് എന്ന് പറയാം അതുപോലെ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഉണ്ട് ഇവിടെ എന്തിനാ ഈ കൊച്ചിക്കാരായ നിങ്ങൾക്കറിയാം സിനിമാ രംഗത്ത് വന്നിട്ടുള്ള പലരും കലാഭവനിലൂടെ വന്നിട്ടുള്ളവർ ആ കലാഭവൻ ഈ മിമിക്രി മോണാക്ടി അതുപോലെ അഭിനയത്തിൻ്റെ സാധ്യതകളെ പുറത്തു കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു കേന്ദ്രമാണെന്ന് പറയാം അതുപോലെ നമ്മൾ ആലോചിക്കായിരുന്നു ഒരു ഗീതാഭവൻ ഭഗവത്ഗീതയെ ഭഗവത്ഗീത പഠിക്കണം എന്ന് ആരെങ്കിലും ആലോചിക്കുന്നുവെങ്കിൽ അവർക്ക് വന്നിരുന്ന് ഏത് സമയത്ത് ഏത് ആൾക്കും ഏത് സമയത്ത് ഗീതയെ സംബന്ധിക്കുന്ന ലോകത്തില് എന്തൊക്കെ ഉണ്ടോ അതെല്ലാം അവിടെ ഉണ്ടായിരിക്കണം അപ്പൊ ഏതൊരാൾക്കും എപ്പോഴും എന്തെങ്കിലുമൊക്കെ വല്ല വിഷമങ്ങളോ അല്ലെങ്കിൽ വിഷമോ സന്തോഷമോ എന്ത് വരുമ്പോഴും അവിടെ വന്ന് താമസിച്ച് അവിടെ എപ്പോഴും കുറെ ആളുകൾ ഗീത ചർച്ചകളും മറ്റും ഗീതയായിരിക്കണം അവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുക പ്രതിഷ്ഠ അവിടെ ഇത്തരം ഒരു കേന്ദ്രം നിങ്ങൾക്ക് വീടൊക്കെ ഉണ്ടെങ്കിൽ തരൂ ഏത് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ ആള് കയറാത്ത മല എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ ആലോചിക്കാം നിങ്ങൾ ആരെങ്കിലും ഈ സ്വാമി പറയുന്ന ഈ ഒരാശയമായിട്ട് അതായത് ഗീത അറിയാതെ ഇവിടുന്ന് ആരും കടന്നു പോകരുത് എന്തൊക്കെ പഠിക്കണോ നമ്മൾ അതുകൊണ്ട് ആർക്കെങ്കിലും അറിയണം എന്ന് ഇതൊന്നും അറിയണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഓരോ സ്ഥലത്ത് പോയിട്ട് അവര് തോന്നിയതൊക്കെ പറയും നിങ്ങൾക്ക് ഇവിടെ എന്തൊക്കെ ആരൊക്കെ ഗീതയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ ഭഗവത്ഗീത ഏത് പ്രകാരത്തിലും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നിർണായക ശക്തിയായി ഉത്തേജനമായി നിലകൊണ്ടു ഗീതയുടെ പങ്കെന്ത് ഒരു റിസർച്ചിന്റെ വിഷയമാണിത് നമ്മൾ എന്തൊക്കെ റിസർച്ച് നടത്തിയിട്ടുണ്ടെന്നറിയാം ഒരാളൊരു റിസർച്ച് നടത്തി എന്താ റിസർച്ച് നടത്തിയത് അമ്പതിനായിരം എന്താ പറയുക ഗ്യാലൻ ജലം ഉപയോഗിച്ചിട്ട് അദ്ദേഹം ഒരു റിസർച്ച് നടത്തി എന്താ റിസർച്ച് എന്നറിയാം അദ്ദേഹം ഒരു ദിവസം വീട്ടിലിങ്ങനെ ഇരുന്ന് വീട്ടിലിരുന്ന് പത്രം വായിച്ചിട്ട് അങ്ങനെ എഴുന്നേറ്റ സമയത്ത് അദ്ദേഹത്തിന്റെ ഈ ഭാഗത്ത് ഈ കാലിന്റെ എവിടെയായിട്ട് എന്തോ ഒരു നനവ് അനുഭവപ്പെട്ടു അപ്പൊ അദ്ദേഹം നോക്കിയ സമയത്ത് എന്തോ ഒരു കറുത്ത കളറിലൊരു സാധനം കയ്യിലൊന്ന് മണത്തു നോക്കിയ സമയത്ത് വല്ലാത്തൊരു ദുർഗന്ധം നോക്കുമ്പോ കോഴിക്കാഷ്ടായിരുന്നു അപ്പൊ കോഴിക്കാഷ്ട അദ്ദേഹം ഇങ്ങനെ കഴുകാൻ തുടങ്ങി അങ്ങനെ കഴുകി കഴുകി കഴുകി കഴുകി കഴുകി ഒരു പൊടി കഷ്ണമായപ്പോഴേക്ക് അമ്പതിനായിരം ലിറ്റർ എന്താ ഗ്യാലൻ വെള്ളം തീർന്നു എന്നിട്ട് ആ പൊടിയെടുത്ത് മണക്കു നോക്കിയപ്പോഴും മണം അവശേഷിക്കണം അദ്ദേഹം റിസർച്ച് പറഞ്ഞു ഇത്ര ഗ്യാലൻ വെള്ളം ഉപയോഗിച്ച് കഴുകിയാലും കോഴിക്കാഷ്ടത്തിന് മണം ഉണ്ടാകും എന്ന് എന്നിട്ട് ഡോക്ടറേറ്റ് എടുത്തു നിന്ന് ആ സ്വാമി കേട്ടിട്ടില്ലേ ഇതുവരെ ഭഗവത്ഗീത ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പങ്ക് ആരും അത് വിഷയമാക്കിയെടുത്തിട്ടില്ല ഗാന്ധിജിയെ സ്വാധീനിച്ചിട്ടുണ്ട് തിലകനെ സ്വാധീനിച്ചിട്ടുണ്ട് അരവിന്ദനെ സ്വാധീനിച്ചിട്ടുണ്ട് നേതാജിയെ സ്വാധീനിച്ചിട്ടുണ്ട് എത്രയോ ആളുകളെ എത്രയോ എത്രയോ പേര് ഒരുപാട് ഒരുപാട് പേര് വിവേകാനന്ദ സ്വാമികൾ വിവേകാനന്ദ സ്വാമികൾ ഗീതയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് ഭാരത സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറഞ്ഞത് എന്താ പറഞ്ഞതെന്നറിയോ സ്വാമിജി നിങ്ങളുടെ മനസ്സിൽ നിന്ന് എല്ലാ ദേവതകളെയും എടുത്തു മാറ്റിവെക്കുമോ എല്ലാ ദേവതകളെയും നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെയാണോ ദേവതാ സങ്കല്പങ്ങളായിട്ട് നിങ്ങളുടെ മനസ്സിലുള്ളത് എല്ലാറ്റിനെയും എടുത്ത് മാറ്റിവെക്കൂ ഇനി ഒരു അമ്പത് വർഷം ഭാരതാംബയായിരിക്കട്ടെ ഭാരതാംബയുടെ സ്വാതന്ത്ര്യമായിരിക്കട്ടെ നിങ്ങളുടെ ദേവത എന്തുകൊണ്ട് അദ്ദേഹത്തിന് അത് പറയാൻ സാധിച്ചു വിവേകാനന്ദ സ്വാമികളെ ആരെങ്കിലും ഇന്ത്യൻ സ്വാതന്ത്ര്യ ചേർത്തിട്ടുണ്ടോ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ ഇല്ല എന്ന് പറയാ നിങ്ങൾ എത്ര പേര് ഇന്ത്യൻ സ്വാതന്ത്ര്യ ചരിത്രം വായിച്ചിട്ടുണ്ട് തന്നെ സ്വാമിക്ക് അറിയില്ല ഒരുപാട് പേര് വായിച്ചിട്ടുണ്ടാവും അതിഗംഭീരങ്ങളായിട്ടുള്ള രണ്ട് പുസ്തകങ്ങളാണ് ഒന്ന് ഇന്ന് ആധികാരികമായിട്ട് അല്ലെങ്കിൽ കുറേ ഏറെ കുറെ കാര്യങ്ങളൊക്കെ നോക്കി കണ്ടിട്ടുള്ളത് ഒന്ന് ലാറി കോളിൻസിൻ്റെയും ഡൊമനിക് ലാപ്പർ എന്താ സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്നുള്ളത് ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് എന്ന് പറയുന്നതും പിന്നെ യശ്പാലിൻ്റെ ഒരു നിറം നുണകൾ എന്ന് പറയുന്ന രണ്ട് ഗ്രന്ഥങ്ങളുണ്ട് അതിഗംഭീരങ്ങളാണ് അതിലൊക്കെ ഭഗവത്ഗീതയുടെ സ്വാധീനത്തെക്കുറിച്ച് പറയുന്നുണ്ട് അവർ നോ അതിൽ നിന്ന് ഉൾക്കൊണ്ട് ആ ഒരു ചിലയിടത്തൊക്കെ പറയുന്നു എന്ന് പറയാം ഇപ്പൊ ഭഗവത്ഗീത ഏത് പ്രകാരത്തിൽ സ്വാധീനിച്ചു ഒരു രാഷ്ട്രത്തെ സ്വ സ്വതന്ത്രമാക്കാൻ അതിൻ്റെ നിർണായക പങ്കുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഇന്ന് നമുക്ക് വരുന്ന വിഷമങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ എന്തിനാ എന്തിനെയാണ് നാം അന്വേഷിക്കുന്നത് ഏതൊന്നിനെയാണ് നാം ആശ്രയിക്കുന്നത് നമ്മുടെ മനസ്സിൽ തോന്നുമായിരുന്നു ഒരു ഗീതാ ഇൻസ്റ്റിറ്റ്യൂട്ട് വെക്കേഷൻ കാലത്ത് വന്ന് വെക്കേഷൻ ഏത് സമയത്ത് വേണമെങ്കിലും കുട്ടികൾക്ക് അവിടെ വന്നിരുന്ന് ഇത് പഠിച്ച് പോരാനുള്ളൊരു സൗകര്യത്തിൽ നിങ്ങൾ ആലോചിക്കൂ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് സജഷൻസ് ഉണ്ടെങ്കിൽ സ്വാമിയായിട്ട് നിങ്ങൾ പറയൂ നമുക്ക് പലതും ചെയ്യാൻ സാധിക്കും എന്ന് പറയാം വിചാരിക്കേണ്ട നമ്മൾ ഇങ്ങനെയാണ് പലതും ഈ നാട്ടിലൊക്കെ സംഭവിച്ചിട്ടുള്ളത് അപ്പൊ സ്വാമി അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരു സംഭവം ഇല്ല നോർത്തിൽ ഹരിദ്വാറിൽ ഒരു ഗീതാഭവനുണ്ട് ഭഗവത്ഗീത പ്രിന്റ് ചെയ്യുന്ന ഒരു കേന്ദ്രമാണ് അല്ലാതെ ഇത്തരത്തിലൊരു പ്രവർത്തനം അവിടെ നടക്കുന്നില്ല ഗീതാഭവൻ എന്ന് പറഞ്ഞാൽ ഗോരഖ്പൂരിൽ ഗീതാ പ്രസ് കേട്ടിട്ടുണ്ട് ഗീത പ്രസ് ഒന്ന് അവിടെ ഗീത മാത്രം അങ്ങനെ അച്ചടിക്കുന്നു പക്ഷെ ഇത്തരത്തിലൊരു കേന്ദ്രം ഇല്ല അതിന്റെ ആവശ്യമുണ്ട് അപ്പൊ ആരും തന്നെ ഗീത പഠിക്കാതെ ഗീത അറിയാതെ ഇവിടുന്ന് കടന്നു ആരും തന്നെ ഗീത പഠിക്കാതെ ഗീത അറിയാതെ ഇവിടുന്ന് കടന്നു ഭഗവാൻ മാഹാത്മ്യത്തിൽ പറയുന്നുണ്ടല്ലോ ഗീതാജ്ഞാനം ഉപാശ്രിത്യ ത്രീൻ ലോകാൻ പാലയാമ്യഹം അഹം ത്രീൻ ലോകാൻ പാലയാമി ഗീതാജ്ഞാനം ഉപാശ്രിത്യ ഇതിൽ തന്നെ നമ്മൾ മനസ്സിലാക്കിയല്ലോ സ്വൽപ്പം അപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോഭയാ അസ്യധർമ്മ സ്വൽപ്പം അഭി ത്രായതേ മഹതോഭയാ ഈ ധർമ്മത്തിന്റെ ഒരു അൽപ്പം കൊണ്ട് മഹത്തായ ഭയത്തിൽ നിന്നും താരണം ചെയ്യിക്കാൻ പോകുന്നതാണ് നിങ്ങളാലോചിക്കും നിങ്ങൾ ആലോചിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാമി പറഞ്ഞതിനെക്കുറിച്ച് ജസ്റ്റ് നിങ്ങളുടെ മനസ്സിലും ഇത്തരം ചിന്തകൾ ഉണ്ടാവട്ടെ എന്ന് പറയുന്നത് എങ്ങനെങ്കിലും ആർക്കെങ്കിലും സാധിക്കട്ടെ ഇത്ര വ്യക്തമായി ഇത്ര കൃത്യമായി സ്പഷ്ടമായി അവതരിപ്പിച്ചിരിക്കുന്ന ഒരു ശാസ്ത്രം നമ്മൾ കുറച്ച് കുറച്ചൊക്കെ കാര്യങ്ങൾ എന്താ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് പലയിടത്തൊന്നും പക്ഷേ ഇത്രയും കൃത്യമായി ഒരു തരത്തിലുള്ള മിസ്ഗൈഡ് ചെയ്യാതെ എല്ലാവരെയും അനുഗ്രഹിക്കുന്ന സമാശ്ലേഷിക്കുന്ന കരുത്തുറ്റ ശാസ്ത്രം അതാണ് ഗീതയുടെ മഹത്വം ഈ ശ്ലോകങ്ങളൊക്കെ കാണുന്ന സമയത്ത് നമുക്കതാ തോന്നാം നിങ്ങൾ എവിടെ ഇരിക്കുന്നു അവിടെ ഇരുന്നു കൊണ്ട് എന്ത് ചെയ്യുന്നു അത് ചെയ്തുകൊണ്ട് കാഴ്ചപ്പാടൽ ചെറിയൊരു മാറ്റം ഈ വഴിക്കൊന്ന് നോക്കിക്കൂടെ എന്നൊരപേക്ഷ മാത്രം അങ്ങനെ ചെയ്യരുതെന്നൊന്നും പറയുന്നില്ല ഒരപേക്ഷ ഇതും കൂടെ ഒന്ന് പരിശ്രമിക്കൂ എന്ന് അത്രയും വിനയാന്വതമായിട്ടുള്ളൊരു സമീപനം അരുതുകൾ ഇവിടെ ഇല്ല അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യണം അതൊന്നുമില്ല എന്ന് പറയാം അർജുന അഹം തപാമി അഹം വർഷം ഉത്സൃജാമി ഞാനാണ് വെയിലായി വേനലായി ഭവിച്ച ഭവിക്കുന്നത് എന്തിനായിക്കൊണ്ട് അഹം വർഷം ഉത്സൃജാമി നീ അറിഞ്ഞുകൊള്ളുക ഞാനിതാ വർഷമായി ഉടനെ വരും എന്ന് ണാം നിഗൃണാമി ഞാൻ അതിനെ നിഗ്രഹിക്കുകയും ചെയ്യുന്നു അതിനെ ഇല്ലാതെയാക്കുകയും ചെയ്യുന്നു അമൃതം ച മൃത്യുഹൂ ച ഞാൻ എന്താണ് അമൃതം അമൃതം എന്ന് പറഞ്ഞ മരണമില്ലാത്തത് നമൃതം അതേസമയത്ത് മൃത്യുഹു മരണവും ഏതിനെയാണോ ഞാൻ ഇല്ലാതെയാക്കുന്നത് അത് ഞാനാണ് എന്തെങ്കിലും ഇവിടുന്ന് ഇല്ലാതെയാകുന്നുവെങ്കിൽ ആ ഒരു പ്രക്രിയ അഹം ഞാനാകുന്നു സത് അസത് ഉമയും ഇല്ലായ്മയും എന്തുണ്ടോ അത് ഞാൻ എന്തില്ലയോ അത് ഞാൻ അസത് സത് അഹമേവ ഞാൻ തന്നെ ഞാനാണ് ഈ കാണുന്നതൊക്കെ എന്ന് പറയാം അതുകൊണ്ട് ഞാനിവിടെ സ്ഥിരനാണ് ഭഗവാൻ പറയുന്നത് അതാ ഞാൻ സ്ഥിരമാണ് നിങ്ങളൊക്കെ മാറിക്കഴിഞ്ഞാലും ഞാൻ സ്ഥിരമാണ് മാറുന്നത് എന്താണ് മാറുന്നതൊന്നും ഞാനല്ല ഇനിയിപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്നറിയോ അതും ഞാൻ തന്നെയാണ് എല്ലാം ഞാനാണ് കോടതിയിൽ കേസ് സ്ഥിരം കുറ്റവാളിയുണ്ട് സ്ഥിരം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക അപ്പം ഇദ്ദേഹം പറഞ്ഞു മജിസ്ട്രേറ്റ് പറഞ്ഞു ഇനി തന്നെ ഇവിടെ ഞാൻ കാണരുത് ഇത് എന്താ എനിക്കിങ്ങനെ നിന്റെ ഇത് തന്നെ പറഞ്ഞിട്ട് മതി ഇനി നീ ഇവിടെ വരാൻ ഇടയാവരുത് എന്ന് പറയാം അപ്പൊ ഈ സ്ഥിരം വിദ്വാൻ പറയാനുള്ളൂ അതെന്താ സാറെ സാറ് റിട്ടയർ ആവുകയാണോ എന്ന് കാരണം ഞാൻ സ്ഥിര ഇനിയും ഞാൻ വരും എന്ന് പറയാം അങ്ങ് റിട്ടയർ ആയിട്ട് പോയാലും ഞാൻ വരും അപ്പൊ ഭഗവാൻ റിട്ടയർമെന്റ് ഇല്ല എന്ന് പറയാം അഹം സ്ഥിര ഞാൻ സ്ഥിരമാണ് അപ്പൊ സ്ഥിരമായതിനെ നമ്മളെ സമീപിക്കൂ ഇത് തന്നെയാ ഭഗവാന് ഓരോരോ പ്രകാരത്തില് നമ്മളോട് പറയാനുള്ളത് തുടർന്ന് ത്രൈവിദ്യ മാം സോമപൂത പാ യൈരിഷ്ട്ര സ്വർഗത്തി പ്രാർത്ഥയ തേ പുണ്സാദ്യലോകം അശ്നന്തിവ്യഭാ അറിയുന്ന വേദം മനനം ചെയ്തിട്ടുള്ള ആളുകള് സോമപാഹ സോമത്തെ പാനം ചെയ്തിട്ടുള്ള സോമരസം യജ്ഞത്തിന്റെ ശിഷ്ടമായി കിട്ടുന്ന സോമരസം അതിനെ എന്താ പല നിഖണ്ടുവിലോ അല്ല മറ്റു പലതിലൊക്കെ കഞ്ചാവ് കലക്ട് വെള്ളം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തോ ആവട്ടെ യജ്ഞ ശിഷ്ടം അത് ഒരു ലഹരി ഒക്കെയായിട്ട് വിശേഷിപ്പിച്ചിട്ടുണ്ട് പലരും കഞ്ചാവ് ഇടിച്ച് പിഴിഞ്ഞ് അതിന്റെ ഇതാണ് എന്നൊക്കെ അതാണത്രേ പരമശിവൻ ഇങ്ങനെ കുടിച്ചു ഇങ്ങനെ ഏത് നേരെ ഇരിക്കുന്നത് ഇവര് ഇടയ്ക്കിടയ്ക്ക് കൊണ്ടു കൊടുക്കുന്നുണ്ട് എന്ന മട്ടിലാണ് ഇത് പറയാറ് പറയുന്ന എഴുതുന്ന ആളുകളൊക്കെ നേരിട്ടിത് പ പരമശിവന് ഇടിച്ചു പിഴിഞ്ഞു കൊടുത്തതുപോലെയാ സ്വന്തം അമ്മൂമ്മ വീട്ടിലിരിക്കുമ്പോ ഒന്ന് വെറ്റിലടക്കെ ഇടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ സമ്മതിക്കില്ല അല്ലെങ്കിൽ എന്താ പറയാ അത് ചെയ്ത് കൊടുക്കില്ല ഇയാള് ഗവേഷണം നടത്തുക ഉം യാഗങ്ങളെ കൊണ്ട് മാം ഇഷ്ടുവ എന്നെ യജിച്ചിട്ട് പൂജിച്ചിട്ട് സ്വർഗതിം പ്രാർത്ഥയൻ്റെ സ്വർഗപ്രാപ്തിക്കായി അവര് പ്രാർത്ഥിക്കുന്നു ചില ആളുകൾ അവരെന്താ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ എന്നെ പ്രാർത്ഥിക്കുന്നു തേ പുണ്യം അവരുടെ പുണ്യകർമ്മങ്ങൾ പുണ്യ കർമ്മഫലമായിട്ടുള്ള ആ പുണ്യം സുരേന്ദ്രലോകം ആസാദ്യ സുരേന്ദ്രം എന്ന് പറഞ്ഞാൽ ഇന്ദ്രന്റെ ലോകത്തെ ആസാധ്യ പ്രാപിച്ചിട്ട് ദിവി ദിവ്യാൻ ദേവഭോഗാൻ അശ്നന്തി ദിവ്യ എന്ന് പറഞ്ഞാൽ സ്വർഗത്തില് ദിവ്യാൻ ദിവ്യങ്ങളായ അതിവിശിഷ്ടങ്ങളായ ദേവഭോഗാൻ ദേവഭോഗ ഭോഗങ്ങളെ ദേവന്മാർക്ക് മാത്രം ലഭ്യമായിട്ടുള്ള പല പല ഭോഗങ്ങളും അവിടെ ചെന്ന് കഴിഞ്ഞാൽ വിശേഷപ്പെട്ട ഐസ്ക്രീമുകളും പിന്നെ അതുപോലെ പാനീയങ്ങളും മറ്റു പലതും ഇവിടെയൊന്നും കിട്ടാത്തതാണെന്ന് പറയാം പലതും അവിടെ പല പല ഫ്രൂട്ട്സൊക്കെ ഉണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അതൊക്കെ അവർക്ക് കിട്ടും അശ്നന്തി അവരങ്ങനെ അനുഭവിക്കുന്നു എന്നാ എവിടെ സ്വർഗത്തിൽ സ്വർഗത്തെക്കുറിച്ച് വളരെ വിശേഷമായിട്ടാണ് പറയുന്നത് അവിടെ എന്തൊക്കെയുണ്ട് അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ നരകത്തെക്കുറിച്ചോ അയ്യോ നരകത്തിലും അങ്ങനെയാ നരകത്തിൽ എന്താ എണ്ണ തിളപ്പിക്കും എന്നിട്ട് ആ എണ്ണയിലിടുന്ന പിന്നെ ചാണകക്കുഴിയിലിടും ഈ ചാണകക്കുഴി പിന്നെ ഈ തലനാർ കീറിയിട്ട് അതിൻ്റെ മുകളിൽ കെട്ടിയിട്ട് അതിൻ്റെ മുകളിൽ കൂടെ നടക്കുക അടിയിൽ എണ്ണ ചൂടാക്കുക രസകരമായിട്ടുള്ളൊരു സംഭവം ഈ നമ്മുടെ പരിണാമ സിദ്ധാന്തത്തിന്റെ എന്താ ഉപജ്ഞാതാവ് എന്ന് വിശേഷിപ്പിക്കുന്ന ചാൾസ് ഡാർവിൻ ഡാർവിനും അതുപോലെ ഡാർവിന്റെ സുഹൃത്തുണ്ട് ഹക്സ്ലി ഹക്സ്ലി എഴുത്തുകാരനായിട്ടുള്ള ആളല്ല സയന്റിസ്റ്റ് ആയിട്ടുള്ള ഹക്സ്ലി ഡാർവിന്റെ സമകാലികനാണ് അവർ രണ്ടുപേരും വലിയ സുഹൃത്തുക്കളാണ് ഇവർ രണ്ടുപേരും പരിണാമ സിദ്ധാന്തത്തെ അനുകൂലിച്ചവരാണ് ഡാർവിനായിരുന്നു അതിന്റെ നേതാവ് അതിന് അനുകൂലമായി നിന്ന ആളാണ് ഹക്സലി ഇവര് രണ്ടുപേരും അന്ന് ഈ പരിണാമ സിദ്ധാന്തം ഉന്നയിച്ച് ആ പരിണാമ സിദ്ധാന്തവുമായി മുന്നോട്ടു പോകുന്ന സമയത്ത് അവർക്ക് ചർച്ച് എതിരായിരുന്നു പക്ഷേ ഇവർ നല്ല ആളുകളുമാണ് നല്ല എന്താ പറയുക ആളുകളാണ് അപ്പം അതിൽ ഇവർക്ക് വളരെ സ്വീകാര്യനായ ഇവരുമായിട്ട് നല്ല ബന്ധം പുലർത്തിയിരുന്ന ഒരു ഫാദർ ഇവരുടെ ഈ ഒരു സമീപനത്തിൽ വളരെ വിഷമം അദ്ദേഹത്തിന് കാരണം ഇവർ പള്ളിക്കെതിരാവുന്നുവല്ലോ എന്ന് ഈ പരിണാമ സിദ്ധാന്തം പള്ളിക്കെതിരായതുകൊണ്ട് ചർച്ചിനെതിരായതുകൊണ്ട് അപ്പൊ ഇദ്ദേഹം വിചാരിച്ചു പാവം എന്താ എന്താ ചെയ്യാപ്പം എന്തായാലും ഇവര് നരകത്തിൽ പോവും കാരണം ഇങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ ഓർത്തിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു സ്വപ്നം കണ്ടത് പറയുന്നു ആരാ ഈ ഫാദർ ഒരു സ്വപ്നം കണ്ടു അത്ര സ്വപ്നം കാണുന്നത് ഫാദർ ഇവര് മരിക്കണു അതുപോലെ ഫാദറും മരിക്കണു മരിച്ചു കഴിഞ്ഞിട്ട് ഇവരെ നരകത്തില് പോയിട്ട് അന്വേഷിക്കുന്നതാണ് ഫാദർ സ്വർഗത്തിലെത്തും സ്വർഗത്തെന്ന് ഫാദർ ദൈവത്തിനോട് പറയും എനിക്ക് എങ്ങനെയെങ്കിലും ഇവരെയൊന്ന് കാണണം എന്നുണ്ട് അവരെയൊന്ന് ഞാൻ അവിടുന്ന് ഉദ്ധരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം അവിടുന്ന് സ്പെഷ്യൽ പെർമിഷനൊക്കെ എടുക്കും അവിടുന്ന് അങ്ങനെ ഒരാൾക്ക് സ്വർഗത്തിൽ പോയ ഒരാൾക്ക് പെട്ടെന്ന് നരകത്തിലേക്കൊന്നും വരാൻ പറ്റില്ല പിന്നെ ഇദ്ദേഹം അങ്ങനെയൊക്കെ സ്വാധീനമൊക്കെ ഉപയോഗിച്ച് അവിടുന്ന് ഒരു ടിക്കറ്റ് എടുത്ത് ട്രെയിനിനാണ് വരുന്നത് സ്വപ്നമായതുകൊണ്ട് ചോദ്യമില്ല ട്രെയിനിൽ വന്നാണ് അങ്ങനെ ട്രെയിനിൽ വന്നിട്ട് ഓരോരോ സ്റ്റേഷനിലെത്തി ഒന്നാം നഗരം രണ്ടാം നഗരം മൂന്നാം നഗരം അങ്ങനെ അവസാനത്തെ ഈ നരകത്തിൽ നരകത്തെന്ന് പറഞ്ഞു ഇതാ ഇവിടെ എത്തി ഇനി അങ്ങോട്ടേക്ക് ഇതില്ല ഇറങ്ങി കൊള്ളാൻ പറഞ്ഞു അങ്ങനെ അവരിറങ്ങി അദ്ദേഹം ഇറങ്ങി ഇറങ്ങി അദ്ദേഹം നോക്കിയ സമയത്ത് അദ്ദേഹത്തിന് സംശയമായി ഇത് നരകമാണോന്ന് കാരണം അത് വളരെ ഈ പറഞ്ഞ ചാണകക്കുഴിയും ഇതൊന്നും കാണാനില്ല എല്ലാം നല്ല ഉദ്യാനങ്ങളും അതുമൊക്കെ പക്ഷെ ഈ ഹക്സലിയെ പോലെ ഒരാളെ മുഖപരിചയമുള്ള ഒരാളെ കണ്ടു അപ്പൊ അദ്ദേഹം പേര് വിളിച്ചു അപ്പൊ ചോദിച്ചു ആ നിങ്ങളാണല്ലോ അതെ എങ്ങനെ എന്താ ഇവിടെ എവിടെ ഡാർവിനവിടെ ഡാർവിൻ അവിടെ ഒരു ഇത് ഇത് നടത്തിക്കൊണ്ടിരിക്കുക ഒരു കായ വറുത്തത് അദ്ദേഹം ചിപ്സ് കട നടത്ത എന്താ അവിടെ ഇങ്ങനെ ഇദ്ദേഹം ഈ തിളച്ച എണ്ണ ഇങ്ങനെ ഈ ചിപ്സ് ഇങ്ങനെ കോരി ഇതിങ്ങനെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ ചിപ്സ് കട മുപ്പിരി ഇതൊക്കെ വശാക്കി കഴിഞ്ഞു ബിസിനസ് ആക്കി കഴിഞ്ഞു എന്ന് പറയാം പിന്നെയോ നിങ്ങൾ എന്താ ഇവിടെ ചെയ്തിരിക്കുന്നത് അതെ ഞങ്ങളെ ചാണകക്കുഴിയിലിട്ട സമയത്ത് തന്നെ ഞങ്ങള് ഈ ചാണകത്തിന് തട്ടിപ്പടഞ്ഞ് മറ്റേ അതിലേക്ക് വിണു ഇങ്ങനെ ഈ ഒരു കുറെ കാര്യങ്ങളൊക്കെ പറയുന്നു ചുരുക്കി പറഞ്ഞ ചാണകവും മണ്ണും തമ്മിൽ ഞങ്ങൾ ചേർത്ത് ഞങ്ങൾ കൃഷി തുടങ്ങി ഇവിടെ ഒരുപാട് ചാണക കുഴികളാണ് നോക്കുന്ന സമയത്ത് ഇങ്ങനെ ചാണകം വേറെ എവിടെയും കണ്ടിട്ടില്ല ഈ ചാണകത്തെ ഉപയോഗിച്ച് അവരെന്തുണ്ടാക്കി ആ നരകം എന്ന ഭൂമിയെ പറതീസയാക്കിന്ന് ഒരുപാട് ഫലഭൂയിഷ്ടമായിട്ടുള്ള എന്താ ഫലമൂലാധികളെ നട്ട് അവരവിടെ ഗംഭീരമാക്കിന്ന് ചുരുക്കി പറഞ്ഞ നമ്മള് എന്താ നമ്മൾ പോയി കഴിഞ്ഞാ നമ്മുടെ ആ അറിവ് കൊണ്ട് എവിടെയാണോ നമ്മൾ ചെല്ലുന്നത് അവിടെ നമ്മൾ എന്തുണ്ടാക്കും സ്വർഗത്തെ ഉണ്ടാക്കുന്നവർ നമ്മളെ നരകത്ത് കൊണ്ടിടാൻ ആർക്കും സാധ്യമല്ല നമ്മുടെ ആ അറിവ് എവിടെയാണോ നമ്മൾ ചെല്ലുന്നത് അവിടെ നമ്മൾ എന്തുണ്ടാക്കും സ്വർഗത്തെ ഉണ്ടാക്കുന്നവർ നമ്മളെ നരകത്ത് കൊണ്ടിടാൻ ആർക്കും സാധ്യമല്ല ഇവിടെ ഭഗവാൻ പറയുന്നത് ദിവ്യ ദിവ്യ ഭോഗാൻ ഈ ദിവ്യങ്ങളായിട്ടുള്ള ഭോഗങ്ങളെ അനുഭവിച്ചിട്ട് അവനൊരു തിരിച്ചുവരവുണ്ട് തിരിച്ചുവരവിനെ കുറിച്ച് ഈ അടുത്ത ശ്ലോകവും രണ്ടും കൂടെ ചേർന്നിരിക്കുകയാണ് നോക്കാം നമുക്ക് രണ്ടും ഒരുമിച്ച് വേണം കാണാൻ സ്വർഗലോകം വിശാലം ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തിപ്രപന്നാ ഗതാഗതം കാമ കാമാലഭന് തേ തം ഭുക്വാ സ്വർഗലോകം വിശാലം ക്ഷീണേ പുണ്യെ മർത്യലോകം വിശന്തി ഏവം ത്രയീ ധർമ്മം അനുപ്രപന്നാഹ ഗതാഗതം കാമകാമ ലഭന്ദേ അവർ ആര് ഈ സ്വർഗത്തിലെത്തിയിട്ടുള്ളവര് വിശാലം സ്വർഗലോകം ബുക്വാ ഈ വിശാലമായ സ്വർഗലോകത്തെ അനുഭവിച്ചിട്ട് പിന്നെന്താണ് പുണ്യേ ക്ഷീണേ ഇവരുടെ പുണ്യം ക്ഷയിക്കും എന്ന് പറയാം എന്താവുന്നു മർത്യലോകം വിശന്തി വീണ്ടും മർത്യലോകത്തിലേക്ക് മരണമുള്ള ലോകത്തിലേക്ക് പ്രവേശിക്കണം എങ്ങനെയാ നമ്മൾ വിസിറ്റിംഗ് വിസ എടുത്തിട്ട് ഗൾഫിൽ പോയി കഴിഞ്ഞാൽ ക്ഷീണയെ വിസയെ വീണ്ടും സ്വദേശം വിശന്തി എന്ന് പറയുക അവിടെ അതിൻ്റെ സമയം കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരണം അതാണ് നമ്മൾ വിചാരിക്കും ഇങ്ങനെയാണ് കാര്യം ഒരിക്കലൊരാള് വീട്ടിൽ നിന്ന് വീട്ടിലെ ഭാര്യ വീട്ടിലില്ല അവര് അവരുടെ വീട്ടിലേക്ക് പോയതാ എന്തോ ഒരു ആവശ്യത്തിന് അപ്പൊ പോകുന്ന സമയത്ത് ചോദിച്ചു നോക്കൂ ഞാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിഷമാവുന്നു അപ്പൊ പറയ ഏ നീ പോയാലാ അസ്വസ്ഥത എന്ന് തമാശയൊക്കെ അങ്ങനെ പറയുമെങ്കിലും പക്ഷെ അവർക്കത് ഇഷ്ടമല്ലാന്ന് പറയും അവരങ്ങനെ കേൾക്കുമ്പോൾ നിങ്ങൾ അങ്ങനെയൊന്നും പറയരുത് അങ്ങനെ പറയുന്നവരുണ്ടെങ്കിൽ അങ്ങനെ പറയാൻ പാടില്ല തമാശയിൽ പോലും പറയാൻ പാടില്ല എന്നാ തമാശയിൽ തന്നെ അങ്ങനെ പറഞ്ഞാൽ അവർക്ക് അല്ലേ വിഷമല്ലേ നിങ്ങൾക്കത് അതെ വിഷമാണ് അപ്പൊ നിന്റെ ഒരു ടെലിഫോൺ ഉണ്ട് ഒരു സെൽഫോൺ ഉണ്ടെങ്കിൽ ഐ മിസ്റ്റ് യു എന്ന് പറഞ്ഞിട്ട് ഒരു എസ് എം എസ് എങ്കിലും കൊടുത്തേക്കണം പറഞ്ഞു പോയി കഴിഞ്ഞാൽ അപ്പം അവർ പറഞ്ഞു ഞാൻ അതുണ്ട് ഇഡലി മാവ് ഇതിൽ വെച്ചിട്ടുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം അല്ലെങ്കിൽ ഞാൻ ഇന്നവരോട് പറയാം നിങ്ങൾക്ക് അത് കൊടുത്തയക്കാം അപ്പം അവർക്ക് വല്ലാത്തൊരു ഇതാണ് ഇദ്ദേഹത്തിൻ്റെ രാവിലത്തെ ഭക്ഷണത്തിൽ എങ്ങനെ ഭക്ഷണം കഴിക്കും ഉച്ചയ്ക്ക് എന്ത് ചെയ്യും അപ്പൊ അതിലിങ്ങനെ അതിനെക്കുറിച്ചും ഇങ്ങനെ അവർ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ നീ അതിനെക്കുറിച്ചൊന്നും കാര്യമാക്കണ്ട നീ പോയിക്കോ ഞാൻ ഹോട്ടലിൽ നിന്ന് കഴിച്ചോളാം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു ശരി അങ്ങനെ അവർ പോയി ഇദ്ദേഹം രാവിലെ ആയപ്പം ഒരു ചായ വയ്ക്കാൻ ഒരു ശ്രമം നടത്തി അത് വൻ പരാജയത്തിൽ കലാശിച്ചു അപ്പോഴാണ് മൂപ്പർക്ക് മനസ്സിലായത് ചായ ഉണ്ടാക്കൽ തന്നെ കുറച്ച് മെനക്കെട്ട പണിയാണ് അങ്ങനെ പത്രവാഹിനിയൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി ഹോട്ടലിൽ പോകാം ഉം അപ്പൊ ഹോട്ടലിൽ പോയിട്ട് അവിടെ ഓർഡർ എന്താ എന്തെങ്കിലും കഴിക്കാം അപ്പൊ അവിടെ ഉള്ള അവിടെ അടുത്തൊരു ഹോട്ടലുണ്ട് ആ ഹോട്ടലിൽ പോയ സമയത്ത് അവിടെ കണ്ടപ്പോ തന്നെ അദ്ദേഹത്തിന് അതായത് ടേബിളൊക്കെ ഒരു വല്ലാത്ത പോലെ ഇരിക്കണു അപ്പൊ അങ്ങനെ പോയിട്ട് ഇങ്ങനെ ഇരിക്കണം ഏതായാലും ഇരിക്കുന്നല്ലോ എന്നിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് ആ ടേബിള് തുടയ്ക്കുന്നവനെ നോക്കുന്നുണ്ട് ടേബിള് തുടയ്ക്കുന്ന വിചാരിച്ച് ഇതേതായ വല്ലാത്തൊരു മനുഷ്യൻ വന്നിരിക്കണോ ഇതൊന്ന് തുടയ്ക്കാൻ അപ്പൊ അവൻ്റെ ആ തുണി എടുത്തിട്ട് വര ഒറ്റ തുടക്കണം ആ തുടക്കിയിട്ടുണ്ടല്ലോ കുറച്ചും കൂടെ അവിടെ അങ്ങോട്ട് വശ തേച്ച പോലെ പോയി ഇനി ഇവനോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നായി ഈ കൈയ്യൊക്കെ ഇങ്ങനെ വയ്ക്കുമ്പോൾ അദ്ദേഹം തന്നെ എങ്ങനെയാകും അപ്പൊ അപ്പുറത്തിരിക്കുന്ന ആൾക്ക് കൊടുക്കുന്നത് കാണുന്നുണ്ട് എങ്ങനെയാണ് കൊടുക്കുന്നത് ഒരു കുഴികുഴിയുള്ള പാത്രമുണ്ട് ആ പാത്രത്തിൽ ഇങ്ങനെ ഇഡ്ഡലി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിങ്ങനെ ഇടുമ്പോ ശബ്ദം കേൾക്കാം കടാക്കുന്നത് എന്നിട്ട് അതിലൊരു ഒലിക്കുന്ന ഒരു ചട്ടണി പിന്നെ അങ്ങനെ എന്തോ ആണ് അതിങ്ങനെ കുഴി കുഴിയൊക്കെ ആയിട്ടാണ് ഈ പ്ലേറ്റ് തന്നെ കടവട കടവടക്കുന്നു കളിക്കുന്നുണ്ട് ഒരു ബാലൻസ് ഒന്നും ഇല്ലാത്തൊരു സാധനം ഇദ്ദേഹം വെയിറ്റർ വിളിച്ചു പിന്നെ എന്താ കഴിക്കാനുള്ളത് അതേപോലെ ഇഡ്ഡലി അത് എന്നൊക്കെ പറഞ്ഞു ഇഡലി എങ്ങനെയാ നല്ല ചൂടുണ്ടോ ആ ചൂടുള്ള ഇഡലി പിന്നെ അതീ പ്ലേറ്റിലൊന്നും വേണ്ട വാഴലില് വാഴലയിൽ അത് ഈ നടുക്കുണ്ടല്ലോ വാഴയില്ല അതിൽ ചെളിയൊന്നും ഉണ്ടാവാൻ പാടില്ല നന്നായി തുടയ്ക്കണം അത് തുടച്ചിട്ട് ഈ ചട്ടണി ഒലിക്കുന്നത് വേണ്ട ഉണ്ടട്ടണി ഏ കൊണ്ടുപോവാ അപ്പൊ ഇവൻ ഇതൊക്കെ കേട്ടു എന്നിട്ട് അവിടെ വന്നിട്ട് അവിടെ പ്ലേറ്റ് ഇഡ്ലി ചട്ണി അതേപോലെ ആ പ്ലേറ്റ് കട ഇതല്ല നമ്മൾ വിചാരിക്കും അവിടെ പോയി കഴിഞ്ഞാൽ അല്ല ഉണ്ടയില് എലയില് ചൂടല് അതൊക്കെ വീട്ടില് അപ്പോഴാണ് ഭാര്യയുടെ മഹത്വ അറിഞ്ഞത് പിന്നെ അത് കഴിക്കുക ഇറങ്ങി പോവുക അത്രയുള്ളൂ ക്ഷീണയെ പുണ്ണിയെ മർത്തിയ ലോകം വിശന്തി അതൊക്കെ ക്ഷയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതാ ഇങ്ങനെയുള്ള ദുരിതങ്ങളിലൊക്കെ ചെന്നപ്പെട്ടു ഏവം ത്രൈധർമ്മം ഇപ്രകാരം ത്രൈധർമ്മം ത്രൈധർമ്മം എന്ന് അനുപ്രപന്നം അനുപ്രപന്നം അനുസരിക്കുന്ന കാമകാമാഹ കാമകാമാഹ ഭോഗേച്ചുക്കൾ ഫല ഭോക്താക്കൾ ഫല എന്താ കാമ കാമന്മാർ എന്നൊക്കെയാണ് ഗതാഗതം പോക്കുവരവിനെ എന്താണ് ലബ ലബന്ധെ പ്രാപിക്കുന്നു അവർക്ക് എന്തുണ്ട് ഇങ്ങനെ പോയി വന്നുകൊണ്ടിരിക്കണം എന്ന് പറയാം അപ്പൊ വിശാലമായിട്ടുള്ള സ്വർഗലോകത്തില് ഈ സ്വർഗം ഇന്ന് സ്വർഗവും നരകവും ഒക്കെ എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയൊക്കെ തന്നെയാണ് അല്ലേ നിങ്ങൾക്കറിയാലോ അതായത് അനുഭവ മണ്ഡലം എന്ന് പറയാം ഏതേത് അനുഭവ മണ്ഡലങ്ങൾ അനുഭവ മണ്ഡലങ്ങളും നാം തന്നെ സൃഷ്ടിക്കുന്നതാണ് അതിന്റെ ഫലവും ഈ സ്വർഗ നരകത്തെക്കുറിച്ച് വളരെ രസകരമായിട്ടുള്ളൊരു കഥ പൂർവാചാര്യന്മാര് പറഞ്ഞിട്ടുള്ള ഒന്ന് നിങ്ങൾ ചിലപ്പോ കേട്ടിട്ടുണ്ടാവും എങ്കിലും ഈ സന്ദർഭത്തിൽ ഓർക്കുന്നത് നല്ലതാണ് ഒരു ആള് പട്ടണത്തിൽ നിന്ന് ഗ്രാമത്തിലേക്ക് വരുന്നതാണ് ഇപ്പൊ ഗ്രാമത്തിൽ വളരെ ഒരു റിമോട്ടായിട്ടുള്ളൊരു ഏരിയ അങ്ങേയറ്റം എന്താ ഒരു തരത്തിലുള്ള പരിഷ്കാരവും വരാത്ത ഒരു കുഗ്രാമം ഇന്ന് അങ്ങനത്തെ ഗുഗ്രാമം ഉണ്ടോന്ന് സംശയമാണ് പണ്ടുകാലത്താണ് കഥ അപ്പം ഇദ്ദേഹം അങ്ങനെ ഒരു ചെറിയ ഓല മേഞ്ഞ വീട്ടിൽ അങ്ങനെ ഇരിക്കുക അപ്പൊ പട്ടണത്തിൽ നിന്ന് വന്ന ആള് ഇദ്ദേഹത്തിനോട് ചോദിച്ചു പട്ടണം കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു പറഞ്ഞു അദ്ദേഹം പറഞ്ഞു കേട്ടിട്ടുണ്ട് ആരൊക്കെയോ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അവിടെ എന്തൊക്കെയാ വിശേഷങ്ങൾ പട്ടണത്തിൽ ഓ പട്ടണത്തിലെ വിശേഷം എങ്ങനെയാ അപ്പൊ നിന്നോട് ഞാൻ പറയുക അപ്പൊ ഇവൻ ഇവിടെ ഒരു നേരം കഞ്ഞി കുടിച്ച് കഴിയുന്നവനാണ് അപ്പം അവനോട് പറഞ്ഞു ഇദ്ദേഹത്തിന് ഒരു കൗതുകം തോന്നി ഇവനെ ഒന്ന് പട്ടണം കാണിക്കണം എന്ന് അങ്ങനെ ഇദ്ദേഹത്തിനെ വിളിച്ചു കൊണ്ടുപോയി പട്ടണത്തിൽ വലിയൊരു സിറ്റിയിലാണ് കൊണ്ടുപോകുന്ന ഒരു മെട്രോപ്പോളിറ്റൺ സിറ്റി അവിടുത്തെ ഏറ്റവും വലിയ ഹോട്ടല് സ്റ്റാർ ഹോട്ടലിൽ അദ്ദേഹത്തിന് ഇദ്ദേഹത്തിൻ്റെ ചെലവിൽ ഒരു അഞ്ച് ദിവസം താമസിപ്പിക്കുക അപ്പം ഇതിനോട് പറഞ്ഞു ീ ഇവിടുത്തെ സൗകര്യങ്ങളൊക്കെ അനുഭവിച്ചുള്ളൂ അപ്പം അദ്ദേഹം പറഞ്ഞു എങ്ങനെ ഇവിടെ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊന്നും വേണ്ട ഇത് ഇതിങ്ങനെ ഞെക്കിയാൽ മതി എന്നിട്ട് പറഞ്ഞാൽ അവർ എന്താ വേണ്ടത് അവർക്കുണ്ടെന്ന് തരുന്നു അങ്ങനെ ആ ഹോട്ടലിൽ ഇദ്ദേഹം പിന്നെ ഇദ്ദേഹം പോയിന്നാ കൊണ്ടുവന്ന ആൾ അദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ചെലവുകളൊക്കെ ഏറ്റുകൊണ്ട് ഏർപ്പാടാക്കിയിട്ടുള്ളതാണ് അപ്പൊ അദ്ദേഹം ഒരു ഇതൊന്ന് ഞെക്കി നോക്കി അപ്പൊ അവിടുന്ന് സംസാരം കേട്ടു അത് ഇംഗ്ലീഷിലാണ് സംസാരിച്ചത് പിന്നെ ആള് ഇന്ന ദേശക്കാരനാണെന്ന് അറിഞ്ഞപ്പം ആ ദേശക്കാരൻ ആ ഭാഷയിൽ അദ്ദേഹത്തോട് സംസാരിക്കാൻ തുടങ്ങി അപ്പൊ അദ്ദേഹം പറഞ്ഞു എനിക്കൊരു ചായ കിട്ടിയാൽ കുടിക്കണമെന്നുണ്ട് അപ്പം അവർ ചോദിച്ചു എങ്ങനെയുള്ള ചായയാണ് വേണ്ടത് അവിടെ തന്നെ ടീ പലതുണ്ട് എന്താ ഹോട്ട് ടീ കോൾ ടീ ആ ടീ ഈ ടീ എന്നൊക്കെ പറഞ്ഞു ഇയാൾ ആകെ ബുദ്ധിമുട്ടായി പിന്നെ അത് പാലൊഴിച്ചത് വേണോ പാലൊഴിക്കാത്തത് വേണോ എന്നായി ബ്ലാക്ക് ടീ വേണോ ആർ ടീ വേണോ എന്നൊക്കെ നിങ്ങൾക്ക് പോയിട്ടുള്ളവർക്ക് അറിയാലോ അല്ലേ അദ്ദേഹം പറഞ്ഞു പാലൊഴിച്ചതാവട്ടെ പാൽ ഏത് പാല് വേണമെന്നാ പശു വേണോ ആട് വേണോ കോഴി ഇങ്ങനെ അത് കുറേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒഴിച്ചോളൂ ഷുഗർ വേണോന്നും അതെന്താ പഞ്ചസാര ആവാ അത് വേണ്ടത് വൈറ്റ് ഷുഗർ ഉണ്ട് ബ്രൗൺ ഷുഗർ ഉണ്ട് അത് കെയിൻ ഷുഗറുണ്ട് ഹണി ഷുഗറുണ്ട് എന്താ പറയാ വെജിറ്റബിൾ ഷുഗറുണ്ട് അദ്ദേഹം പറഞ്ഞു മധുരം ഉണ്ടായിരിക്കണം എന്തെങ്കിലും ഇട്ടുള്ളൂ എന്ത് ചോദിച്ചാലും ഇങ്ങനെയാണ് ഇഡലി ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉഴുന്നുള്ളത് വേണോ അത് വേണോ ഇത് വേണോ ചുരുക്കി പറഞ്ഞ എന്ത് പറഞ്ഞാലും കിട്ടും അദ്ദേഹത്തിന് കുളിക്കാൻ ബാത്റൂം കണ്ട സമയത്ത് അദ്ദേഹത്തിന് സംശയമായി ഇവിടെ കുളിക്കാൻ പറ്റുമോ അങ്ങനെയുള്ള ബാത്റൂമാണ് ചുരുക്കി പറഞ്ഞ ഒന്നാമത്തെ ദിവസം രണ്ടാമത്തെ ദിവസം കൊണ്ട് ആള് പരിചയപ്പെട്ടു തണുപ്പും നല്ല സുഖം പുതച്ച് കിടക്കാൻ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് വരുന്നു ബെല്ലടിച്ചാൽ മതി എല്ലാം കിട്ടും പിന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി നോക്കി നല്ല രസം സുഖം നാലാമത്തെ ദിവസമാണ് അറിയുന്നത് നാളെ പോണം നാളെ പോണം ഓ നാളെ വിടുന്ന അഞ്ചു ദിവസ പാക്കേജാണെന്ന് പറയാം ഇപ്പൊ നാളെ പോണം എന്നറിഞ്ഞതോടുകൂടി ആൾക്കാ നാല് അഞ്ചാമത്തെ ദിവസം ഉണ്ടല്ലോ ഒരു ഭക്ഷണത്തിനൊന്നൊരു സുഖമില്ല ഏതായാലും തിരിച്ചു ഇവിടെ എത്തി എവിടെ നാട്ടിലെത്തി തിരിച്ച് നാട്ടിലെത്തിയപ്പം കഞ്ഞിയുടെ പഴയ സ്വാദ് ഇപ്പൊ കഞ്ഞിക്കില്ല എന്ന് പറയാം അത് നഷ്ടപ്പെട്ടു പോയി മുൻപകുന്ന നല്ല സ്വാദുണ്ടായിരുന്നു ഇതാണ് ഒരു തിരിച്ചുവരവ് എന്ന് പറയാം അത് അനുഭവങ്ങൾ ഇപ്പം നമുക്ക് ഉണ്ടല്ലോ ഒരുപാട് സൗകര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ജീവിച്ചവര് ഒരു സമയത്ത് ഈ സൗകര്യങ്ങളൊക്കെ നഷ്ടപ്പെടും ചില സമയത്ത് സൗകര്യങ്ങളൊന്നുമില്ലാത്തവര് സൗകര്യങ്ങളിലേക്ക് ഇങ്ങനെ കയറി വരും ഒക്കെ കർമ്മം കൊണ്ട് നേടിയെടുക്കുന്നതാണ് ഭഗവാൻ ഈ കർമ്മത്തിന്റെ കർമ്മം കൊണ്ട് നേടാവുന്നത് സ്വർഗം വരെ കർമ്മം കൊണ്ട് നേടാവുന്നതാണെന്ന്